ഭഗവത്ഗീത അതിൻ്റെ പൂർണ്ണരൂപത്തിലേക്ക് ആ പൂർണ്ണരൂപം കൈക്കൊണ്ട് വരുന്നു ഇതുവരെ പ്രധാനമായിട്ട് നമ്മൾ മൂന്ന് മാർഗങ്ങളെ കണ്ടുവെന്ന് പറയുക ജ്ഞാനമാർഗം കർമ്മമാർഗം ഭക്തിമാർഗം അല്ലെങ്കിൽ ജ്ഞാനയോഗം കർമ്മയോഗം ഭക്തിയോഗം സൗകര്യത്തിനു വേണ്ടി പഠിക്കാനുള്ള പഠനത്തിനുള്ള സൗകര്യത്തിനു വേണ്ടി ഇതെല്ലാം വേറെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാമെന്ന് പറയാം പക്ഷേ ഗീത പഠിക്കുന്ന ഒരാൾക്ക് അതിൻ്റെ ക്രമത്തിൽ മനസ്സിലാക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ജ്ഞാനം തന്നെയാണ് ഭക്തി ഇത് രണ്ടിൻ്റെയും അഭാവത്തിൽ കർമ്മം എന്നൊന്ന് ഇല്ല എന്ന് ഇതിൻ്റെ പൂർത്തീകരണം ഇതിൻ്റെ യോഗം ഇതാണ് ഭഗവാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് പറയാം അപ്പൊ നമ്മുടെ ഓരോ വേദാന്തത്തിൻ്റെ ഭാഷയിൽ പറയും ഓരോ അംഗങ്ങളിലും അതിലുപരി പ്രത്യംഗങ്ങളിലും ജ്ഞാന കർമ്മ ഭക്തിയുടെ നിറവ് ഉണ്ടായിരിക്കണം അതുകൊണ്ട് ഗീത ഇത്തരത്തിലൊരു ഈ ഒരു ഭാവത്തിലേക്കാണ് നമ്മളെ ഭഗവത്ഗീത നയിക്കുന്നത് അതിനെന്ത് വേണം എന്നാണെങ്കിൽ ആധുനിക ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒരു വിപ്ലവം ആവശ്യമാണ് എന്ത് വിപ്ലവം ഒരു വിചാര വിപ്ലവം എന്ന് പറയാം ഒരു വിചാര വിപ്ലവത്തിലൂടെ മാത്രമേ നമുക്കിതിനെ അംഗങ്ങളിലേക്കും പ്രത്യംഗങ്ങളിലേക്കും സമാഹരിക്കാനും സ്വാംശീകരിച്ച് അതിനെ എന്താ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാൻ സാധിക്കും അപ്പൊ യുദ്ധത്തിന് തയ്യാറാക്കുന്ന ഒരു യുദ്ധത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്ന ഒരു യോദ്ധാവിനെ ഇത്തരത്തിലുള്ള ഒരു കരുത്ത് പ്രധാനം ചെയ്ത് കൊടുക്കുക എന്ന് പറയുമ്പോ അതൊന്ന് ആലോചിച്ച് നോക്കണം വളരെ ഗംഭീരമാണെന്ന് പറയാം പിന്നെ ഏത് കർമ്മമാണ് നമുക്ക് ചെയ്തു കൂടാത്തതെന്ന് ഈ ഒരു അറിവിൽ ഇപ്പൊ നമുക്ക് ഒരുപാട് എന്താ ഭയമുണ്ട് ശരിയാണോ അതാണോ ഇതാണോ ഇതാണോ എന്നൊക്കെ അത് ഈ അറിവിന്റെ അഭാവമാണ് എന്ന് പറയാം അങ്ങനെ ഇതുവരെ ഭഗവാൻ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഈ അധ്യായത്തിന്റെ അവസാനത്തില് അസമ്മൂടനായവൻ എന്റെ പരമമായ ഭാവത്തെ പ്രാപിക്കുന്നു അസമ്മൂഢത എന്ന് പറഞ്ഞു എന്താണ് അസമ്മൂഢത അതിന് ഈ അധ്യായത്തില് ആസുരികമായിട്ടുള്ള ഭാവങ്ങൾ മൂടഭാവം എന്ന് പറഞ്ഞാൽ മൂടതാ എന്ന് പറഞ്ഞാൽ ആസുരികമായിട്ടുള്ളത് അസമൂട എന്ന് പറഞ്ഞാൽ അതിനെതിരായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ദൈവികമായിട്ടുള്ളത് അസമ്മൂടനാണ് എന്നെ പ്രാപിക്കുന്നത് മൂടനല്ലാത്തവൻ മൂടനോ മൂടൻ എന്നെ പ്രാപിക്കുന്നില്ല ഈ അധ്യായം ദൈവാസുര സമ്പദ് വിഭാഗ യോഗം ദൈവീ സമ്പത്തും ആസുരീ സമ്പത്തും ഇതിന്റെ വിഭാഗം എന്താണ് നമ്മെ പ്രകൃതിയിൽ നിന്ന് ഈശ്വരനിൽ നിന്ന് കർമ്മത്തിൽ നിന്ന് എല്ലാം അകറ്റുന്നത് അതിനെ ഭഗവാൻ ഇനി കാണിച്ചു തരാൻ എന്തൊക്കെയാണ് അപ്പൊ ഈ കർമ്മത്തിന്റെയും ഭക്തിയുടെയും പൂർണ്ണത അതിന്റെ ആ എന്താ പറയുക ആ പൂർണ്ണത തന്നെ ആ പൂർണ്ണതയിലാണ് ഭഗവത്ഗീത ഒരുവൻ്റെ ജീവിതം സഫലമാവുന്നത് എന്ന് പറയുന്നത് അല്ലാത്തടത്ത് അതില്ല എന്നാ അതുകൊണ്ട് ഈ ഗീത നമ്മളെ ഇത്തരത്തിൽ അനുഗ്രഹിക്കട്ടെ അതിന് പോന്നതാണ് അതിനോടുള്ള ശ്രദ്ധ ഈ അധ്യായം അതിൻ്റെ ദൈവാസുര സമ്പദ് വിഭാഗ യോഗം എന്ന പതിനാറാം അധ്യായം ഭഗവാൻ ആ ഗുണങ്ങളെക്കുറിച്ച് ആദ്യത്തെ മൂന്ന് ശ്ലോകങ്ങളില് പറയുന്നു നോക്കാം അധ ഷോടോധ്യൈവാസുരസമ്പദ് വിഭാഗയോഗുവാച അഭയം സത്വസംശുദ്ധി ജ്ഞാനോഗ്യവസ്ഥിതി दानं दमश्याय आर्जव अहिंसा सत्यम क्रोध त्याग शातिरपैशुनम दया मार्दवं मदवं फीरचापल तेज അധ്യയം ആരംഭിക്കുന്നു അഭയം സത്വ സത്വസംശുദ്ധി ജ്ഞാനോ വ്യവസ്ഥിതി ദാനം ദ യാ ചോധ്യയ തപ ആർജവ അഹിംസ സത്യം അക്രോധ ത്യാഗുനം ദയാൂതേഷു അലോലു മാർവം ഹ്രീ അചാല തേജി ശൗചോഹം നാതിമാനിതീ സമ്പദം ദൈവീ അഭിജാത ഹേ ഭാരത അഭയം അഭയം എന്ന് പറഞ്ഞാൽ ഒന്നിനെക്കുറിച്ചും പേടിയില്ലാതെ ഇരിക്കുക ഭയമില്ലാതെ ഇരിക്കുക എപ്പോഴോക്കിയ ഭയം ഉണ്ടാവുന്നത് പേടി ഉണ്ടാവുന്നത് എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടതിൻ്റെ ഇഷ്ടവിരഹത്തിൽ ഏറ്റവും ഇഷ്ടമായതിൻ്റെ വിരഹത്തിലും അനിഷ്ടമായതിൻ്റെ യോഗത്തിലും അനിഷ്ടത്തിന്റെ ചേർച്ച ചെയ്തു ഇവിടെയാണ് ഭയം ഏതാണത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മരണം തന്നെ ആരുടെ മരണം തന്റെ മരണമാണോ അല്ല പിന്നെ നേരത്തെ പറഞ്ഞ വളരെ വേണ്ടപ്പെട്ടവരുടെ മരണം കുറേ പേരായി ചോദിക്കുന്നു മൃത്യം ചെയ്യ മഹാമന്ത്രം സ്വാമി എപ്പോഴാ പറയുക എപ്പോഴാ പറയുക എപ്പോഴാണ് എടുക്കുന്നത് എപ്പോഴാണ് എടുക്കുന്നത് ഇപ്പൊ തന്നെയാവാൻ തോന്നുന്നുണ്ട് മൃത്യുജയ മഹാമന്ത്രം വേദത്തിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ളതാണ് എന്താണ് മൃത്യു ആർക്കുള്ളതാണ് മൃത്യുജയം എന്നാണ് മൃത്യുവിനെ ജയിക്കാൻ പോകുന്നത് അപ്പൊ മൃത്യുജയ മഹാമന്ത്രം ചൊല്ലിക്കഴിഞ്ഞാൽ മൃത്യുവിൽ നിന്ന് ജയമുണ്ടോ എന്ന് ചോദിച്ചാൽ ജയമുണ്ട് എന്നാണ് അതെങ്ങനെയാ മരിക്കാതിരിക്കലാണോ അതെ മരിക്കാതിരിക്കല് തന്നെയാ എങ്ങനെയുള്ള മരിക്കാതിരിക്കല് അതായത് മർത്യം എന്ന് പറഞ്ഞാൽ ആരാണെന്ന മർത്യം എന്ന് പറഞ്ഞാല് മർത്യം എന്ന് ശരീരം ഉള്ളവന്റെ പേരാണ് മർത്യം ആരാണോ ശരീരത്തെ ധരിച്ചിരിക്കുന്നത് ശരീരത്തിന് മരണം ധർമ്മമായുള്ളവനാരോ അവൻ മർത്യം അപ്പൊ ശരീരത്തിന്റെ മരണമാണ് ശരീരത്തിന്റെ ധർമ്മമാണ് മരണം ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ക്ഷീയതേ എന്നാണല്ലോ അതുകൊണ്ടാണ് ക്ഷേത്രം എന്ന് ശരീരത്തിന് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഈ ശരീരം നശിക്കുന്നതാണ് നശിക്കാത്തതിനോട് ക്ഷേത്രം ചേരേണ്ടതുണ്ട് അപ്പോഴാണ് നമ്മൾ അവിടെ ധർമ്മക്ഷേത്രത്തെക്കുറിച്ചൊക്കെ പറഞ്ഞത് അല്ലെ അപ്പൊ അതുപോലെ മർത്യൻ മർത്യനൊരു സാധ്യതയുണ്ട് എന്താണ് സാധ്യത അമർത്യൻ എന്നതിലേക്ക് മർത്യനെ അമർത്യനാവാൻ സാധിക്കും അപ്പൊ മർത്യൻ അമർത്യനാകാനുള്ള ഏർപ്പാടിനെയാണ് മൃത്യുഞ്ജയ മഹാമന്ത്രം എന്ന് പറയുന്നത് അപ്പൊ മൃത്യുഞ്ജയന്റെ മൃത്യുജയ മഹാമന്ത്രത്തിന്റെ ഋഷി വസിഷ്ഠനാണ് എന്ന് പറയുന്നു വസിഷ്ഠൻ എന്ന് പറഞ്ഞാൽ കേവലം മാനുഷഭാവം ധരിച്ച ആള് എന്നല്ല ഈ വിശ്വത്തിന് മുഴുവൻ ഇഷ്ടനായിട്ടുള്ളവനാണ് എന്ന് പറയാം വസിഷ്ഠൻ അതുപോലെ അതിലെ ദേവത രുദ്രനാണ് എന്ന് പറയുന്നു അതിന്റെ ബ്രഹ്മാതൃഷ്ടുപ്പ് അതിന്റെ സ്വരം ആയിട്ട് പറയുന്നു ഛന്ദസ് ആയിട്ട് പറയുന്നു ദൈവതം സ്വരമായിട്ട് പറയുന്നു ഇങ്ങനെയൊക്കെയാണ് ഓരോ മന്ത്രത്തിന് ഋഷി ഛന്ദസ് സ്വരം ഒക്കെയുണ്ട് അതിൽ വസിഷ്ഠനാണ് ഋഷി എന്ന് പറയാം എന്താണ് മന്ത്രം കേട്ടിട്ടുണ്ടാവും കേട്ടിട്ടില്ലേ ത്രയമ്പകം യജാമഹേ സുഗന്ധിം പുഷ്ടി വർധനം ഉർവാരുമിവന്ധനാത് മൃത്യോ മുക്ഷീയമാമൃതാ ത്രേംബകം കേട്ടിട്ടുണ്ടാവും നിങ്ങൾ മുക്കണ്ണൻ മൂന്ന് കണ്ണൻ എന്നൊക്കെ അല്ലേ എന്താണ് ഈ മൂന്ന് മൂന്ന് എന്ന് പറഞ്ഞാല് ഈ മൂന്ന് കണ്ണ് എന്നൊക്കെ പറയുമ്പം ഒന്ന് ശാസ്ത്ര വിചാരം ചെയ്യുന്നവരെങ്കിലും ഈ ഒരു ധാരണയൊക്കെ ഒന്ന് ശരിയാക്കി വയ്ക്കണം മൂന്ന് കണ്ണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ രണ്ട് കണ്ണും പിന്നെ ഇവിടെ വേറൊരു കണ്ണും എന്നല്ല കണ്ണ് നേത്രം ദർശനം എന്നൊക്കെ പറയുമ്പം അത് വിശ്വ ഈ വിശ്വത്തെ വിശ്വം മൂന്നായിട്ട് പിരിഞ്ഞിരിക്കണം മൂന്ന് ഗുണങ്ങളാണ് സത്വഗുണം രജോ ഗുണം തമോ ഗുണം മൂന്നിന്റെ ചേരുവ എവിടെയൊക്കെ ഉണ്ടോ അതൊക്കെ ത്രയമ്പകമാണെന്ന് പറയാം ഈ മൂന്നിന്റെ ചേർച്ച ഓം ത്രയമ്പകം മുക്കണ്ണൻ എന്നൊക്കെ പറഞ്ഞിട്ട് കാണും മന്ത്രത്തിന്റെ അടിയിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും നമ്മൾ ഈ മുക്കണ്ണൻ എന്നൊക്കെ കേൾക്കുന്ന സമയത്ത് ഇത് എന്തോ ഒരു ഒരു സുഖമില്ലാന്ന് പറയാം അതിന് വേണ്ടത്ര വിചാരം ചെയ്യാത്തതുകൊണ്ട് പിന്നെ പരിമിതികൾ ഉണ്ടല്ലോ വാക്കുകൾക്ക് അതുകൊണ്ട് നിങ്ങളോട് അതിനെക്കുറിച്ച് വിസ്തരിക്കണം എന്ന് തോന്നില്ല സ്വാമിക്ക് ഉം നമ്മൾ ഈ കഴിഞ്ഞ അധ്യായങ്ങളിലൊക്കെ പ്രപഞ്ചത്തെ എങ്ങനെ നാം വിഭജിച്ച് പഠിച്ചു ആ വിഭജനം എന്തിനു വേണ്ടി വിശ്വത്തെ ഋഷി വിഭജിച്ചു നമ്മുടെ പഠനത്തിനുള്ള സൗകര്യത്തിനു വേണ്ടി മാത്രം എന്ന് പറയാം അപ്പം ത്രയം വകം യജാമഹേ ഞങ്ങൾ യജാമഹേ ഞങ്ങളെല്ലാവരും ചേർന്ന് അങ്ങെ എന്ത് ചെയ്യാം പൂജിക്കാം എന്ന് പറയാം യജിക്കാം യജാമഹേ യജാമഹേ എന്നുള്ളത് ബഹുവചനമാണ് ഞങ്ങൾ വയം യജാമഹേ ഞങ്ങൾ അങ്ങേ യജിക്കുന്നു പ്രാർത്ഥന ഗംഭീരമാണ് ഈ മൃത്യുജയം നമ്മൾ പക്ഷെ ധരിച്ചിരിക്കുന്നത് ഇതെന്താന്നറിയോ ഈ മൃത്യുജയം തകടിൽ കെട്ടി ഇവിടെ ഇങ്ങോട്ട് കെട്ട് അല്ലെങ്കിൽ അരയിൽ കെട്ടി ആരും കാണാതെ അങ്ങനെ ഇരുന്നുകഴിഞ്ഞാൽ ഇവനെ പാമ്പ് അടിച്ചിട്ടോ അല്ലെങ്കിൽ നായ അടിച്ചിട്ടോ ചാ അല്ലെങ്കിൽ കുട്ടികൾക്കൊന്നും ആക്സിഡന്റ് ഒന്നും ഉണ്ടാവില്ല ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കെട്ടി വിട്ടു കഴിഞ്ഞാൽ ചിലതൊക്കെ ഈ എന്താ പറയുക ഈ ആവശ്യമില്ലാത്ത ആസ്ഥാനത്തേക്ക് കയറി വരുമ്പോഴാണ് ഇതിനൊക്കെ കുഴപ്പമുണ്ടാവുന്നത് നമ്മള് പറഞ്ഞിട്ടുള്ളതാണ് കൊതുവിനെ കൊല്ലാൻ റൈഫിൾ ഉപയോഗിച്ച് എങ്ങനെ ഉണ്ടാവും അതാണിപ്പോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ മന്ത്രം വയം യജാമഹേ ഞങ്ങളങ്ങയെ പൂജിക്കാം എന്തിനാ എന്തിനാണ് ഞങ്ങളങ്ങയെ പൂജിക്കുന്നത് ഓം ത്രയംവകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർധനം സുഗന്ധിം സുഗന്ധിം എന്ന് പറഞ്ഞാൽ അതായത് ഏറ്റവും ശ്രേയസ്കരമായ ശ്രേഷ്ഠമായ ഗന്ധം സുഷ്ടും ഗന്ധം ശോഭനയാർന്ന് ശോ എന്താ പറയുക ഗന്ധം എന്ന് പറയുക ആ ഗന്ധം എന്താണ് ഞങ്ങളുടെ പുഷ്ടിവർധനം ഞങ്ങളുടെ പുഷ്ടിയെ ഞങ്ങൾക്ക് തുഷ്ടിയെ ഉണ്ടാക്കുന്നതാണ് പുഷ്ടി വർധനം അങ്ങേ അങ്ങയുടെ ആ ഗന്ധം ഞങ്ങൾക്ക് പുഷ്ടിയെ തരുന്നതാണ് സുഗന്ധിം പുഷ്ടിവർദ്ധനം ഇനി തുടർന്നാണ് പ്രാർത്ഥന ഉറുവാരുകം ഇവ ബന്ധനാദ് ഉറുവാരുകം ഉർവാരുകം എന്ന് പറഞ്ഞാല് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മത്തൻ എന്ന് അത് ഏത് മത്തൻ എന്നാണെങ്കിൽ സംസ്കൃതത്തില് മാതളമത്തൻ എന്നാണ് പറയുന്നത് മാതളമത്തൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു മത്തൻ ഉണ്ടോ ചോദിച്ചാൽ ഈ വിഷുക്കാലത്തൊക്കെ വരും അതിനോർത്തുന്നൊക്കെ വളരെ ഒരു ഒരു പ്രത്യേക വെള്ളരി എന്താണ് പറയാത് വളരെ നല്ല ഭംഗിയുള്ള സാധനം എന്താണ് അതിന്റെ പ്രത്യേകത ഉർവാരും ഇവ എന്നാ പറഞ്ഞിരിക്കുന്നത് അതുപോലെ ബന്ധനാത് ബന്ധനത്തിൽ നിന്ന് അപ്പൊ ഈ മത്തന് നമ്മുടെ മത്തനും അതെ നമ്മ നമ്മുടെ മത്തനും ഇപ്പൊ മത്തനും ഇളവിനുമൊക്കെ കൃഷി ചെയ്തിട്ടുള്ള ചെയ്യുന്നവർക്കറിയാം ഈ മത്തൻ മൂത്ത് മൂത്ത് മൂത്ത് മൂത്ത് മൂത്ത് മൂത്ത് മൂത്ത് പാകമായി കഴിഞ്ഞാൽ വളരെ അത് പാകമായി കഴിഞ്ഞാൽ അതിൻ്റെ പാകതയുടെ ഏറ്റവും എന്താ എക്സ്ട്രീം അതിൻ്റെ ഔന്നത്യം അതിലെത്തിക്കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും ആ ഞെട്ടിൽ നിന്ന് തനിയെ വിടും തനിയ ഈ ഒരു പാകത നമുക്ക് ആവശ്യമാണെന്ന് പറയാം വലിയൊരു സന്ദേശമാണ് ഇതൊക്കെ ഉറുക ഇവ ബന്ധനാത് എങ്ങനെയാണോ അല്ലെങ്കിലോ അതിന് മുമ്പ് അതിനെ പൊട്ടിക്കാൻ നോക്കിയാൽ നിങ്ങൾ കൈകൊണ്ട് പൊട്ടിക്കാൻ നോക്കിയാൽ ആ വള്ളി മൊത്തം കേടുവരും അവിടെ വെച്ച് വലിച്ച് അതിന്റെ വേരോടുകൂടി പോവും പാകതയില്ലാതെ ഒരു ത്യാഗവും വേണ്ട എന്ന് പറയാം അത് സമൂലം വേരടക്കം നശിപ്പിക്കുന്നതാ പാകതയില്ലാതെ സന്യസിക്കാൻ പോകരുത് പാകതയില്ലാതെ വിടുവിട്ട് ആശ്രമത്തിലേക്കൊന്നും പോണ്ട എന്ന് പറയാം പല പാകതയില്ലാത്തതുമാണ് അർദ്ധവിരാമങ്ങൾ ഉണ്ടാക്കുന്നത് എന്നിട്ട് ആശ്രമത്തിനെ കുറ്റം പറയാ സ്വാമി വലിയ ഭാഗമുള്ള ആളാണോ എന്നൊന്നും നിങ്ങൾ അന്വേഷിക്കേണ്ട നാളെ വേറൊരാശ്രമത്തിലേക്ക് ചേർന്നു അല്ലെങ്കിൽ വേറെ ആശ്രമം എന്ന് പറഞ്ഞാൽ ഗൃഹസ്ഥാശ്രമിയാകുന്നുവെങ്കിൽ അത് പാകത ഇല്ലായ്മയുടെ കുറവ് എന്ന് കരുതിയാൽ മതി പറഞ്ഞ കാര്യത്തിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല അപ്പം ഉർവാരുകം ഇവ ബന്ധന അത് ഇതിന്റെ ഈ മന്ത്രത്തിന്റെ എല്ലാ എന്താ ഒരുക്കി വെച്ചിരിക്കുന്നത് അവിടെയാ അപ്പൊ ബന്ധനം ഇപ്രകാരത്തിലായിരിക്കണം എവിടെ ഈ പാകത എങ്ങനെയുണ്ടാവുന്നത് അറിവുകൊണ്ടാണ് അറിവുകൊണ്ട് പാകത വന്നു കഴിഞ്ഞാൽ എളുപ്പം ഇതിൽ നിന്ന് വിടാൻ സാധിക്കും അപ്പൊ സ്വാമി ഉർവാരകം മത്തന് കാലം ആവശ്യമല്ലേ കാലം ആവശ്യം തന്നെ പക്ഷെ നീ തനി അങ്ങോട്ട് ഉദാഹരണത്തിൽ നിന്ന് മത്തനെ പോലെ ആവാതിരിക്കും ഇതാണ് സ്വാമി ഞങ്ങൾ പറഞ്ഞു എന്ത് വായസായിട്ട സന്യാസം എന്ന് പറഞ്ഞു വായസായിട്ട ഗീത പറയേണ്ടതെന്ന് പറഞ്ഞു ഇപ്പൊ മനസ്സിലായോ ഇതാണ് ഋഷി പറഞ്ഞിട്ടുണ്ട് ഉർവാരുകം ഇവ ബന്ധന അത് എപ്പോഴാ ചെറുപ്പത്തിൽ തന്നെ അതിന് കിട്ടുമോ ഇല്ല കിട്ടില്ല അതുകൊണ്ട് ചെറുപ്പം ഗീത കേൾക്കാൻ പാടില്ല നല്ല പ്രായമായിട്ടിങ്ങനെ വീഴാൻ പാകത്തിൽ നിൽക്കുമ്പോ ഞെട്ടിങ്ങനെ നീ അങ്ങോട്ട് വിടാനില്ല ആചാര്യസ്വാമികളെ ചിത്രം തരുന്നു അംഗം ഗളിതം പലിതം മുണ്ടം ദശനവിഹീനം ജാതം തുണ്ടം വൃദ്ധോ യാതി ഗൃഹീത്വാദണ്ഡം തദപിന മുഞ്ചത്യാശാ പിണ്ഡം വിട്ടിട്ടില്ല ഞെട്ടിൽ നിന്ന് വിട്ടിട്ടില്ല എന്ന് പറയാം വൃദ്ധ യാതി വൃദ്ധൻ അങ്ങനെ പോകുന്നു ഗൃഹീത്വാദണ്ഡം ദണ്ഡമൊക്കെ പിടിച്ചിട്ട് അംഗംകളിതം പലിതം ഉണ്ടം ദശനവിഹീനം ജാതന്തുണ്ടം എന്ന് പറയാം വായൽ പല്ലില്ല തലയിൽ മുടിയില്ല ഒന്നുമില്ല പക്ഷെ എന്നാലും ഞെട്ടറ്റിട്ടില്ല ആഗ്രഹത്തിന്റെ മാറാപ്പ് വിട്ടിട്ടില്ല അതുകൊണ്ട് ഉർവാരുകം ഇവ ബന്ധനാത് ഞെട്ടിൽ നിന്ന് അനായാസേന ഒരു ഒരൽപ്പം പോലും പ്രയത്നം ഇല്ലാതെ നിങ്ങൾ അത്ഭുതപ്പെടും നിങ്ങൾ എത്ര പേര് ഇങ്ങനെയും അത്തനെ ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട് എന്ന് അറിയില്ല സ്വാമിക്ക് ഉർവാരുകം ഇവ ബന്ധനാത് മൃത്യു ആ പറയുന്നു ബന്ധനാത് എല്ലാ കെട്ടുകളിൽ നിന്നും മൃത്യുവോ മൃത്യോ എന്ന് പറഞ്ഞാൽ മൃത്യോബന്ധനാ എന്നാണ് മൃത്യുവിന്റെ ബന്ധനത്തിൽ എന്ന് പറയുമ്പം അജ്ഞാനത്തിൽ നിന്നുള്ള അവിദ്യയിൽ നിന്നുള്ള എല്ലാ ബന്ധനങ്ങളിൽ നിന്നും എന്നാണ് മൃത്യു എന്ന് പറഞ്ഞാൽ അതാണ് എന്നിട്ടോ മുക്ഷീയ മുക്ഷീയ എന്ന് പറഞ്ഞാൽ വിടുവിച്ചാലും ഈ അജ്ഞാനത്തിൽ നിന്ന് ഈ അജ്ഞാനത്തിന്റെ വള്ളിയിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണം എങ്ങനെ ഞങ്ങൾ പോലും അറിയാൻ പാടില്ല ആ വള്ളി ഈ മത്തനെ വിട്ടുകൊടുക്കുന്നതിൽ യാതൊരു പ്രയാസവും ഇല്ല ഉണ്ടോ എന്തെങ്കിലും ഒരു പ്രയാസം ഇല്ല ഒരൽപ്പം പോലും ഇല്ല എന്ന് പറയാം ഒരു സ്വാഭാവിക പ്രക്രിയ മൃത്യുവിൻ്റെ ബന്ധനത്തിൽ എന്ന് പറയുമ്പം അജ്ഞാനത്തിൽ നിന്നുള്ള അവിദ്യയിൽ നിന്നുള്ള എല്ലാ ബന്ധനങ്ങളിൽ നിന്നും എന്ന മൃത്യു എന്ന് പറഞ്ഞാൽ അതാണ് എന്നിട്ടോ മുക്ഷീയ മുക്ഷീയ എന്ന് പറഞ്ഞാൽ വിടുവിച്ചാലും ഈ അജ്ഞാനത്തിൽ നിന്ന് ഈ അജ്ഞാനത്തിന്റെ വള്ളിയിൽ നിന്ന് ഞങ്ങളെ വിടിവിക്കണം എങ്ങനെ ഞങ്ങൾ പോലും അറിയാൻ പാടില്ല ആ വള്ളി ഈ മത്തനെ വിട്ടുകൊടുക്കുന്നതിൽ യാതൊരു പ്രയാസവും ഉണ്ടോ എന്തെങ്കിലും ഒരു പ്രയാസം ഇല്ല ഒരൽപ്പം പോലും ഇല്ല എന്ന് പറയാം ഒരു സ്വാഭാവിക പ്രക്രിയ അതുകൊണ്ടാണ് സെൻ മാസ്റ്ററോട് ഗുരുവിനോട് പോയി ചോദിച്ചത് ഗുരു അതായത് ഈ സത്യദർശനം കഴിഞ്ഞാൽ എങ്ങനെ എങ്ങനെ ഇരിക്കാനാണ് വിശക്കുമ്പം ഊണിക്കും ഉറക്കം വരുമ്പോ ഉറങ്ങും എഴുന്നേൽക്കണം തോന്നുമ്പോ എഴുന്നേൽക്കും ചിരിക്കണം തോന്നുമ്പം ചിരിക്കും കരയണം തോന്നുമ്പം കരയും എല്ലാം സ്വാഭാവികം അപ്പൊ ഇപ്പൊ അങ്ങനെയല്ലേ അല്ല ഇപ്പൊ ആർക്കോ വേണ്ടി ചിരിക്കുകയാണ് അല്ലെ കരയുന്നതും ആർക്കൊക്കെയോ വേണ്ടിയാണ് മരിച്ചിട്ട് കരയുകയാണ് ആ കരച്ചിലിന്റെ ഉയർച്ചയ്ക്കും താഴ്ചയ്ക്കും അനുസരിച്ചായിരിക്കും ചിലപ്പോ സ്വത്ത് ഭാഗം വരുന്നത് അപ്പൊ അതൊക്കെ ലക്ഷ്യമാണ് എല്ലാ കരച്ചിലും അങ്ങനെയാണ് സ്വാമി പറയുന്നില്ലേ എന്നാലും അപ്പൊ എന്തിനോ ആർക്കോ എവിടെയോ എന്തിനോ ഒക്കെ വേണ്ടിയിട്ടാണ് പലത് നോക്കൂ ബന്ധനാത് മുക്ഷ്യ വിടുവിച്ചാലും ആരെ ഞങ്ങളെ എന്ന് പറയാം അമൃതാത് മാ മൃത്യോർ മുക്ഷിയമാ അമൃതാത് അമൃതാദ് അരുത് ഏതിൽ നിന്ന് അമൃതത്തിൽ നിന്ന് മൃത്യുവിൽ നിന്ന് മുക്ഷീയ അമൃതാദ് മാ അമൃത ഓം ത്രയം യജാമഹേ സുഗന്ധിം പുഷ്ടിവർധനം ഉർവാരുമി ബന്ധനാത് മൃത്യോ മുക്ഷീയമാ അമൃതാദ് അഭയം എന്ന് പറയുന്നത് ഈ മന്ത്രത്തിലൂടെ നമുക്ക് സിദ്ധമാവണം എന്ന് പറയാം ഇതിനാണ് മന്ത്രസിദ്ധി എന്ന് പറയാം മന്ത്രസിദ്ധി എന്ന് പറഞ്ഞ മന്ത്രത്തെ മനനം ചെയ്ത് ഉറപ്പാക്കുക അല്ലാതെ മന്ത്രം ഇങ്ങനെ കുറെ ആവർത്തി ജപിച്ചു കഴിഞ്ഞാൽ നെറ്റിക്ക് ചുറ്റും എന്തോ ഒന്ന് വരുമന്ത് അതെ ഒരുപാട് ജപിക്കുന്നവര് ഇടയ്ക്കിടയ്ക്ക് പോയി കണ്ണാടിയിൽ നോക്കും അതെ പറഞ്ഞിട്ടുണ്ട് ഇത്ര വട്ടം ജപിച്ചു കഴിഞ്ഞാ അങ്ങനെയാണ് ഇങ്ങനെയാണ് മന്ത്രസിദ്ധി എന്ന് പറഞ്ഞാൽ മന്ത്ര സിദ്ധി വരുത്താന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ മന്ത്രം കൊണ്ട് സിദ്ധി വരുത്തണം എന്ന് എന്താ മന്ത്രം കൊണ്ട് സിദ്ധി വരുത്താന്ന് പറഞ്ഞ എല്ലാവരും മുതൽ ചിലരുണ്ട് ഊണ് കഴിക്കില്ലേ അത് ചെയ്യില്ലേ മന്ത്രം മന്ത്രം മന്ത്രം മന്ത്രം മന്ത്രം മന്ത്രിയാവാൻ മന്ത്രം മന്ത്രവും തന്ത്രവും എല്ലാറ്റിലും ഒരു കുണ്ടാവും കുതന്ത്രം കുമന്ത്രം തൊട്ടടുത്തുള്ളവനെ നശിപ്പിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം മന്ത്രസിദ്ധി എന്ന് പറയുമ്പം മൃത്യുവിനെ അതിവർത്തിച്ച് ഇത ഇവിടെ പറയുന്ന അഭയം ഈ അഭയ അഭയം നിർഭയ നിർഭയനായിട്ടിരിക്കാനുള്ള സിദ്ധി അത് ഈ മൃത്യുജയ മഹാമന്ത്രത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് അപ്പം ഈ ആവർത്തിച്ച് ആവർത്തിച്ച് ഈ മൃത്യുഞ്ജയ മന്ത്രം ചൊല്ലുന്ന സമയത്ത് നമ്മൾ നമ്മളെന്താ മനസ്സിലാക്കുന്നത് ഇതാണ് ം ത്രയംബം യമഹേ സുഗന്ധിം പുഷ്ടിവർധനം ഉർവ ഋഗമൃർമുക്ഷീയമാമൃതം ത്രയംബം യമഹേ സുഗന്ധിം പുഷിവർധനം ഉർവ ഋഗമൃർമുക്ഷീയമാമൃത അങ്ങനെ ചൊല്ലിക്കോള കുറച്ചു സമയം എന്നിട്ടോ ഈ കുറച്ചു നേരം എന്താണ് നമ്മൾ ചൊല്ലിയത് അല്ലാതെ ഞാൻ എത്ര സമയമായി ചൊല്ലുന്നത് ഇന്നലെ ഒന്നര മണിക്കൂർ ഇന്ന് രണ്ട് നീ നാളെ ഞാൻ വീണ്ടും ദീർഘിപ്പിക്കും ഞാനിതാ ഭക്ഷണം കഴിക്കാതെ ചൊല്ലി ഇതാ പക്ഷെ ക്യൂണ് കഴിക്കാതെ ചൊല്ലി ഏത് മന്ത്രം എന്താണെന്ന് അറിയില്ല വളരെ ബുദ്ധിമുട്ടിയിട്ട് ഇത് അവിടെ എഴുതി ഒട്ടിച്ചു വെച്ചു ഫ്രിഡ്ജിൽ ഒട്ടിച്ചു വെച്ചു ഗ്യാസ് അടുപ്പിൻ്റെ നേരമുള്ള ചില എടുത്ത് പോയി കഴിഞ്ഞാൽ ഈ മന്ത്രങ്ങളുടെ എല്ലായിടത്തും കാണാം അവിടെ മന്ത്രം ഇവിടെ മന്ത്രം അല്ലേ ഒട്ടിച്ച് ഒട്ടിച്ച് ഒട്ടിച്ച് ഇത് ഉള്ളിലേക്ക് ഉള്ളിൽ ഉറപ്പിച്ചേക്കണം ഈ മന്ത്രം ചൊല്ലാൻ അറിയില്ലെങ്കിലും വിട്ടേക്കൂ മന്ത്രത്തിന് ഇപ്പോൾ പറഞ്ഞത് മനസ്സിലായല്ലോ ത്രയംബകം എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് ഗുണങ്ങളെ ഈ സത്വരജ തമോ ഗുണങ്ങളെയും പ്രകൃതിയിൽ എന്തൊക്കെ ഗുണങ്ങളായി ഭവിച്ചുവോ ആ ഗുണങ്ങൾക്ക് മുഴുവൻ അധിഷ്ഠാനമായ അതിൻ്റെ മുഴുവൻ പരമ കാരണമായ അല്ലയോ ആ സത്യമേ ജഗതീശ്വര എന്നുള്ള ഒരു സംബോധനയാണ് ത്രയംഭകം യജാമഹേ അല്ലയോ ഭഗവാനെ അങ്ങേ ഞങ്ങളിതാ യജിക്കുന്നു പൂജിക്കുന്നു സുഗന്ധിം പുഷ്ടിവർധനം അങ്ങയുടെ സുഗന്ധം ഞങ്ങളെ പരിപോഷിപ്പിക്കുന്നതാണ് ഇനി എന്താണ് ഞങ്ങൾക്ക് വേണ്ടത് ഈ പരിപോഷിപ്പിക്കുന്ന ഞങ്ങൾ ഇതിലിങ്ങനെ കെട്ടു പിണഞ്ഞ് കിടക്കരുത് അങ്ങയുടെ ഈ പോഷണ ലാളനങ്ങളൊക്കെ ഏറ്റ് ഞങ്ങളിതിങ്ങനെ കട്ടികൂടി കട്ടികൂടി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് എപ്രകാരം അങ്ങ് സൃഷ്ടിച്ച ഈ ഉർവാരുക ഉണ്ടല്ലോ പാകതയാർന്ന സമയത്ത് അത് വിടുന്നത് അതിന്റെ വള്ളിയിൽ നിന്ന് ഏതൊന്നിലാണ് ഇത്ര കാലവും നിലനിന്നത് ഏതൊന്നിൽ നിന്നാണ് ഇതെല്ലാം സമാഹരിച്ചത് നോക്കണം മന്ത്രം കൊണ്ടുപോകണം അങ്ങനെയാണ് ഏതൊരു വിശ്വത്തിൽ നിന്നാണോ നാം എല്ലാം ഏറ്റെടുത്തത് ഏതൊരു വിശ്വത്തിൽ നിന്നാണോ എല്ലാറ്റിനെയും എല്ലാ ഊർജവും സമാഹരിച്ചത് എന്നിട്ടോ ആ വിശ്വത്തെ തന്നെ ഉപേക്ഷിക്കുക വിശ്വം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തെ തന്നെ ലോകത്തിൽ നിന്ന് യഹ ോകബന്ധം ഉന്മൂലയതി കസ്തരതി കസ്തരതിമായാാം എന്ന് നാരദൻ ഭക്തിസൂത്രത്തിൽ ചോദിക്കുന്നുണ്ട് അപ്പൊ അവിടെ ഉത്തരം പറയുന്നുണ്ട് യഹ ലോകബന്ധം ഉന്മൂലയതി എങ്ങനെയാണ് ഒരുവൻ ലോകബന്ധത്തെ ഉന്മൂലനം ചെയ്യുന്നത് ഇതാ ഇങ്ങനെ ഉർവാരുകം എങ്ങനെയാണോ വള്ളിയിൽ നിന്ന് എല്ലാം എടുത്ത് ആ പാകത വന്ന സമയത്ത് അതിനുപേക്ഷിച്ചത് എടോ ജീവിതത്തിൽ എന്തെങ്കിലും ഒരിക്കലും പാകതിയൊക്കെ വരണ്ടേ ഏത് വയസ്സിൽ ആ പാകത വരിക നിങ്ങൾ നിശ്ചയിക്കൂ സ്വാമി ഓ ഒരു അറുപത്തഞ്ചിന് ശേഷമാവാം പാകത അല്ലെങ്കിൽ ഒരു എഴുപതായിക്കോട്ടെ പാകത അപ്പൊ എത്ര കാലം എനിക്ക് ജീവിക്കാൻ പറ്റും അതിപ്പോ ഒരു എൺപത്തഞ്ച് തൊണ്ണൂറ് ആര് നിശ്ചയിച്ചു ഞാൻ തന്നെ അതുപോലെയാണോ കാര്യം പോവുക അല്ല പിന്നെ എങ്ങനെ നിശ്ചയിക്കുന്നത് ഒരു സുഖത്തിന് അപ്പൊ എപ്പോഴാ പാകത പാകത വന്നു എന്ന് ആരാ നിശ്ചയിക്കേണ്ടത് ഉർവാരൂകത്തിന്റെ കാര്യത്തിൽ പ്രപഞ്ചം തന്നെ പ്രകൃതി തന്നെ അത് ഏറ്റെടുത്തിരിക്കണം എന്റെ കാര്യത്തിൽ ആരാ നിശ്ചയിക്കുന്നത് ശരി വളർന്നു വലുതായി കല്യാണം കഴിച്ചു കുട്ടികളായി കുട്ടികൾക്ക് കുട്ടികളായി നീ പാകത വന്നിട്ടില്ലേ അപ്പൊ കല്യാണം കഴിക്കുന്നതിന് മുൻപ് പാകത വന്നിട്ടുണ്ടോ അപ്പോഴാണ് ഏറ്റവും പാകത വന്ന സമയം എന്ന് പറയാം തീരുമാനം എടുക്കേണ്ട സമയം വള്ളിയിൽ വിടണോ അതോ ആ വള്ളിയുടെ ചോട്ടിൽ നിന്ന് വീണ്ടും ആരും എടുക്കുന്നില്ലെങ്കിൽ അതിൽ തന്നെ കെട്ടുപോകും എന്ന് പറയാം മണ്ണിനോട് ചേർന്ന് പോവും അങ്ങനെ വേണമെങ്കിലാവാം ഇതാണ് മന്ത്രം വളരെ ലളിതമാണ് അതിന്റെ സംസ്കൃത ശബ്ദങ്ങളൊക്കെ ഓർത്ത് വെച്ച് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഓർത്തുകൊള്ളൂ ഈ വിശ്വത്തിൽ നിന്ന് ആ എങ്ങനെയാണ് ഒരു മത്തൻ എല്ലാം എടുത്ത് പാകത വന്ന സമയത്ത് ആ വള്ളിയെ ഉപേക്ഷിക്കുന്നത് വള്ളിക്കും വിഷമൂല്യ മത്തനും വിഷമൂല്യത്തെ രണ്ടു പേർക്കും ഭഗവാൻ പന്ത്രണ്ടാം അധ്യായത്തിൽ അതല്ലേ പറഞ്ഞത് വേറൊരു രൂപത്തിൽ അതെ യസ്മാന്നോ ദ്വിജതേ ലോക ലോകാന്നോ ദ്വിജതേ ജയ ഹർഷാമർഷ ഭയോദ്വേഗൈഹി മുക്തോ യസ മേ പ്രിയെന്ന് പറഞ്ഞത് അതല്ലേ അതേലോ ലോകത്തിന് കുഴപ്പമില്ല ഒരുവന്റെ സാന്നിധ്യം കൊണ്ട് ലോകം ഭക്തന് കുഴപ്പമില്ല ഇങ്ങനെ രണ്ടു പേർ ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത വിധത്തിലുള്ള ഒരു ഏർപ്പാട്ടും അങ്ങനെ ഒരു മന്ത്രമാണ് മൃത്യുജയ മഹാമന്ത്രം പക്ഷേ ഈ മൃത്യുജയ മഹാമന്ത്രം ദുർമരണമൊക്കെ നടന്നു ആകാലത്തിലൊക്കെ മരണം നടന്നു ഒക്കെ കഴിഞ്ഞാൽ എന്നാ ശരി ഒരു മൃത്യുജയ ഹോമം അങ്ങോട്ട് ചെയ്ത് പരിഹാരം അതൊക്കെ ഒരു വിശ്വാസം ഇരിക്കട്ടെ നിങ്ങൾ പക്ഷേ നമ്മൾ എന്തോ കൂടുതലാ വഴിക്കാ പോകുന്നത് ആരെങ്കിലുമൊക്കെ മരിക്കാൻ കിടക്കുകയാണെങ്കിൽ വിളിച്ചു കൊണ്ടുവരും തിരുമേനിയെ ഇവിടുന്നെങ്കിലൊക്കെ എന്നിട്ട് അയാൾ ആ കിടക്കുന്ന ആളൊന്ന് നന്നായി നോക്കും ഇതൊരു ഹോമം കൊണ്ടൊന്നും പോകുന്ന കേസല്ല എന്തായാലും ഒരു ശ്രമം നടത്താം അതേന്ന് ആളെ കൊല്ലാൻ വേണ്ടി ഹോമം ശരിക്കും പറഞ്ഞാൽ ആളെ കൊല്ലുന്ന ഹോമാണത്ര മൃത്യുജയ മരിച്ച് നോക്കും എന്തൊരു വിരോധാഭാസാണ് ആ പേരിൽ തന്നെ മൃത്യുജയം എന്നല്ലേ അല്ല നന്നായി പോയിക്കോട്ടെ എന്ന് അതിന് ഞങ്ങൾ വേണമെങ്കിൽ ഒരു നൂറ്റമ്പത് രൂപ അല്ലെങ്കിൽ ഒരു ഇരുന്നൂറ്റമ്പത് തിരുമേനി പറഞ്ഞു തിരുമേനിയോട് പറഞ്ഞു ഒന്ന് ഒപ്പിച്ചു ഇല്ല മൃത്യുജയമല്ലേ അതിൽ അവർക്ക് പറയാ കാര്യം മൃത് ഗണപതി ഹോമത്തിലാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒന്ന് പിടിക്കായിരുന്ന ഇതിൽ കുറച്ചുകൂടെ അപ്പൊ ആളുടെ ജീവൻ പകുതിയെ പോളൂ പക്ഷെ ഈ കേസിൽ നമ്മൾ വേണമെങ്കിൽ ഒരു അമ്പതോ നൂറോ അധികം കൊടുത്തേക്കും വേഗം ഒന്ന് കഴിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ഓർത്തുമുള്ള ഇങ്ങനെയുള്ള ഹോമാദികൾക്കൊന്ന് നിങ്ങൾ കൂട്ടു നിൽക്കണ്ട നമ്മുടെ മരണവേളയിൽ ആരെങ്കിലുമൊക്കെ ഹോമത്തിന് ഒരുക്കി കൂട്ടുന്നുണ്ടെങ്കിൽ അപ്പോഴേ ഓർത്തുള്ള ഇതൊക്കെ അതൊക്കെയായിരിക്കാം നമുക്ക് സന്തോഷമായിട്ട് ഇരിക്കാം എന്ന് പറയാം അപ്പൊ ദയവ് ചെയ്ത് നിങ്ങൾ ഈ ഇരിക്കുന്ന കുറച്ചു പേരെങ്കിലും മനസ്സിലാക്കാൻ ശ്രമിക്കൂ ഒരാളുടെ പ്രായമായി അസുഖം വന്ന് കിടക്കുന്ന വേളയിൽ ഏതെങ്കിലും പുരോഹിതനെ വീട്ടിൽ കൊണ്ടുവന്ന് ആരും അറിയാതെ രഹസ്യമായി ചെയ്യേണ്ടുന്ന ഹോമമല്ല മൃത്യു ചെയ്യാം ഇതേതൊരുവനും ചെയ്യേണ്ടുന്നതാണ് അത് ഇഷ്ടികയിൽ ഹവിസ് അർപ്പിക്കണം എന്നില്ല ജ്ഞാനാഗ്നിയിലേക്ക് ഈ ഒരു അറിവിനെ എല്ലാറ്റിനെയും ബ്രഹ്മാർപ്പണം ബ്രഹ്മഹാവി എന്ന് പറഞ്ഞല്ലോ അതിലൂടെ ഒരുവന് കൈവരുന്നതാണ് അഭയം എന്ന ഗുണം അഭയത്തിന് വേണ്ടിയിട്ടാണ് സ്വാമി ഇത്രയും പറഞ്ഞത് മൃത്യുവിനെ ജയിക്കേണ്ടിയിരിക്കുന്നു അവിടെയാണ് അഭയം എന്നതുണ്ടാവുന്നത് വേറെ എല്ലാ എല്ലാ ഈ ഭയം ഉണ്ടാകുന്നത് മരണത്തെ മരണം എന്നതാണ് അടിസ്ഥാനമായിട്ടുള്ള ഭയം എങ്ങനെയൊക്കെ പോയാലും അവസാനം എത്തുക ഞാൻ ഇല്ലാതെയായി പോവല്ലോ എന്നൊരു ഭയമാണ് ഒന്നാമത്തെ ഗുണം അഭയം ഭയമില്ലായ്മ രണ്ടാമത് ഭഗവാൻ പറയണു സത്വ സംശുദ്ധി അന്ധകരണത്തിന്റെ ശുദ്ധി മനസ്സിന്റെ ശുദ്ധി ശൗചം പഞ്ചവിധം സ്മൃതം എന്ന് പറഞ്ഞ സമയത്ത് മനസ്സിന്റെ ശുചിത്വത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ് ഭഗവാൻ ഒന്നുകൂടെ ആവർത്തിച്ചു എന്നേയുള്ളൂ സത്വസംശുദ്ധി ജ്ഞാനയോഗ വ്യവസ്ഥിതിഹി ജ്ഞാനയോഗ വ്യവസ്ഥിതി ജ്ഞാനത്തിലും അതിൻ്റെ അഭ്യാസത്തിലും അതാണ് യോഗം ജ്ഞാനയോഗം എന്ന് പറഞ്ഞാൽ അറിവ് കിട്ടാനുള്ള പരിശ്രമം ആ ജ്ഞാനയോഗത്തിലുള്ള വ്യവസ്ഥിതി എന്ന് പറഞ്ഞാൽ നിഷ്ഠ ഉറച്ചു നിൽക്കൽ അതിനെ പറയുന്നത് പ്രകൃതി പ്രകൃതി വിയുക്താത്മാ സ്വരൂപനിഷ്ഠ എന്നാണ് അങ്ങേ അറ്റത്തെ എന്താ പറയുക പ്രകൃതി അനുസാ അനുസാരിയായിക്കൊണ്ടുള്ള ഒരു ഉറച്ചു നിൽക്കൽ ഒരു ചമ്പൂവനെ പോലെയല്ല എന്ന് പറയാം ചമ്പൂവന്റെ തലകീഴായിട്ടുള്ള തപസ്സുണ്ടല്ലോ അതൊന്നും ഇവിടെ സ്വീകാര്യമല്ല അതുകൊണ്ട് നിങ്ങൾ ഒരുപാട് പട്ടിണി കടന്ന് ഈ ഭക്തി എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾക്ക് അങ്ങനെ ഒരു ധാര ധാരണയുണ്ട് വീട്ടിലെ ജോലിയൊന്നും ചെയ്യില്ല അതൊക്കെ വേറെ ആരെങ്കിലും ഏൽപ്പിക്കും ഇവർ ചെയ്യുന്ന ജോലി ഇതാണ് ഇങ്ങനത്തെ അറിവില്ലാത്ത കുറേ ഹോമാദികളും ഹീമാദികളും ഒക്കെയാണ് ജ്ഞാനയോഗ വ്യവസ്ഥിതി എന്ന് പറഞ്ഞാൽ ജ്ഞാനത്തിലും അഭ്യാസത്തിലുമുള്ള നിഷ്ഠ അതാണ് വേണ്ടത് പിന്നെയോ ദാനം പാവ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ കൊടുക്കണം അത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് പക്ഷെ ഞങ്ങളിങ്ങനെ ഈശ്വരന് വേണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഗുരുവായൂർ കൊണ്ടുപോയിട്ട് എത്ര വേണമെങ്കിൽ തുലാഭാരം ചെയ്യും അത് എന്തു വേണമെങ്കിലും ഇല്ലേ അത് വെണ്ണയോ പല പല സാധനങ്ങളും നമ്മൾ പക്ഷെ വേറെ ആവശ്യം അറിഞ്ഞ് എന്തെങ്കിലും ആർക്കെങ്കിലും കൊടുക്കുമോ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല ദാനത്തിന്റെ മഹത്വം പറഞ്ഞിട്ടുണ്ട് സ്വസ്വത്വ നിവൃത്തി പരസ്വത്വാപാദനം ദാനം സ്വന്തം ഉടമസ്ഥതയെ ഉപേക്ഷിച്ച് വിടർത്തി അതിനെ മാറ്റി പരന്റെ ഉടമസ്ഥതയിലേക്ക് ഏൽപ്പിക്കുന്നതിനെയാണ് ദാനം എന്ന് പറഞ്ഞിട്ടുള്ളത് പക്ഷെ നമ്മൾ പലപ്പോഴും പലർക്കും എന്തെങ്കിലുമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും നമ്മളതില് അല്ലേ അമ്മ മകൾക്ക് കൊടുത്തു അല്ലെങ്കിൽ അച്ഛൻ കൊടുത്തു അതിൻ്റെ ജനാലെ മാറ്റിപ്പോ അച്ഛൻ ചെന്ന് ചോദിക്കാൻ നീ ആരോട് ചോദിച്ചിട്ടാ ഇതൊക്കെ ചെയ്യുന്നത് നിനക്ക് ഞാൻ തന്നു അതൊക്കെ ശരി തന്നെ പക്ഷെ എന്റെ കാലൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ ഒരു പേന കൊടുത്താൽ പോലും അത് ഉപയോഗിക്കേണ്ട രീതിയെക്കുറിച്ച് കൊടുത്തവനാ പറയുന്നത് അത് കേടുവരുത്തരുത് അത് ചെയ്യരുത് അതൊന്നും ദാനമല്ല എന്ന് പറയണം പിന്നെ ദാനത്തെക്കുറിച്ച് രണ്ടു കാര്യങ്ങളാണ് മനസ്സിലാക്കി വെക്കേണ്ടത് പറഞ്ഞിട്ടുള്ളതാണ് എന്നാലും ഇവിടെ ഭഗവാൻ ആവർത്തിക്കുന്നത് കൊണ്ട് നമുക്കും ആവർത്തിക്കാം ഒന്ന് നമ്മുടെ ഉടമസ്ഥതയെ മാറ്റി ഇതം നമമാ എന്ന ഭാവത്തിൽ ഇതെൻ്റേതല്ല ആരുടേതാണിത് ജഗതീശ്വരൻ്റേത് അങ്ങയുടേതാണ് ഞാനൊരു ഉപാധി എനിക്ക് ഒരു സൗകര്യം എന്നെ ഞാനൊരു നിമിത്തം ഇതാ തരാൻ എനിക്കൊരു അവസരം കിട്ടി അത്രയുള്ളൂ ആ അവസരം തന്നതിന് ഭഗവാനോട് നന്ദിയുള്ളവൻ എന്ന് പറയാം മേടിക്കുന്നവനാ കൊടുക്കുന്നവനേക്കാൾ ശ്രേഷ്ഠൻ നമ്മുടെ ശാസ്ത്രത്തിൽ കാരണം മേടിക്കാൻ ആളില്ലെങ്കിൽ കൊടുക്കുന്നവൻ എന്ത് ചെയ്യും മേടിക്കുന്നവൻ വേണ്ട പറഞ്ഞാലോ എന്ത് ചെയ്യും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് വാങ്ങുന്നവനാണ് ശ്രേഷ്ഠൻ എന്ന് പറയാം കൊടുക്കുന്നവനേക്കാൾ ദാനത്തിൻ്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പിന്നെ മഹാഭാരതത്തിലെ ദാനം ദണ്ഡന്യാസ Param പരം ദാനം അതാണ് ദാനത്തിൻ്റെ വേറൊരു മർമ്മപ്രധാനമായിട്ടുള്ള കാര്യം ദണ്ഡന്യാസം ദണ്ഡം എന്ന് പറഞ്ഞാൽ ദ്രോഹം ന്യാസം ഉപേക്ഷിക്കുക ദ്രോഹി ദ്രോഹിക്കാതിരിക്കുന്നതാണ് ദാനം മഹാഭാരതം പറയുന്നു ഒരുവനെ ദ്രോഹിക്കാതിരിക്കലാണ് ദാനം റെയിൽവേ സ്റ്റേഷൻ ഒരാൾ ഒരാളോട് ചോദിച്ച് സാറേ ഒരു അമ്പത് രൂപ വേണം അപ്പൊ അദ്ദേഹം പറഞ്ഞു നിനക്ക് കുടിക്കാനല്ലേ അതെന്റെ വേറുണ്ട് സാറേ ഇത് ചീട്ടളിക്കാനാന്ന് അപ്പൊ നമ്മുടെ ദാനം മിക്കവാറും ദ്രോഹിക്കുന്നതാണ് എന്തുകൊണ്ട് മഹാഭാരതം ഇങ്ങനെ പറഞ്ഞു ദണ്ഡന്യാസ പരം ദാനം എന്ന് നമ്മൾ ദാനം എന്ന് പറഞ്ഞു ചെയ്യുന്നതെല്ലാം എന്താണ് ദ്രോഹമാണ് ദ്രോഹം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കരുത് ഒരാളുടെ ശരീരത്തെ പീഡിപ്പിക്കൽ മാത്രമാണെന്ന് അല്ല അവനെങ്ങനെ കൈനീട്ടാനും അവൻ്റെ എല്ലാ യോഗ്യതകളെയും ഇല്ലാതെയാക്കാനും വേണ്ടിയിട്ട് നമ്മളിങ്ങനെ നിരന്തരം ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുക നമുക്കെപ്പോഴും നമ്മുടെ മുൻപിൽ കുനിഞ്ഞ് നിന്ന് കൈനീട്ടാൻ ആളുകൾ ഉണ്ടെങ്കിൽ നമുക്ക് വലിയ ഇഷ്ടമാണ് നമുക്കെപ്പോഴും അടിമകളെ വേണമെന്ന് പറയാം കാരണം അപ്പോഴല്ലേ നമുക്ക് ഉടമയായിരിക്കാൻ പറ്റും അതുകൊണ്ട് ആരെങ്കിലും വേണം വീട്ടിൽ ആരെയും കിട്ടിയിട്ടില്ലെങ്കിൽ ഭാര്യയും ഭർത്താവിനെയും ആരെയും ഭരിക്കാൻ കിട്ടിയിട്ടില്ല വേലക്കാരിയെ കിട്ടും അവർക്ക് വേറെ വകുപ്പൊന്നും ഇല്ലല്ലോ ഇവരുടെ പറയുന്നതൊക്കെ കേട്ടോളല്ലോ രണ്ടും ഇടിയും കൊടുക്കും പറ്റിയാൽ ഇന്നൊക്കെ അത് വലിയ ബുദ്ധിമുട്ടാണ് അവർക്കും യൂണിയനൊക്കെ ഉണ്ട് അവരും കൂട്ടത്തിൽ വന്ന് ഇടിക്കുന്നു പറയാം അപ്പൊ ദണ്ഡന്യാസം ദ്രോഹിക്കാതിരിക്കുക ഒരാളെ ദ്രോഹത്തിന്റെ തലങ്ങളേതൊക്കെയാ മനസ്സുകൊണ്ട് ശരീരം കൊണ്ട് പല പ്രകാരത്തിലുമുണ്ട് ഒരാൾക്ക് എന്താ എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ട് ദ്രോഹിക്കാം നമ്മുടെ മൊത്തം എന്താ ഈ പല പല പല കാര്യങ്ങളും നമുക്കിങ്ങനെ കിട്ടുന്നതേ നമ്മളെ ദ്രോഹിക്കല നമുക്ക് തരുന്ന ഓരോ ആനുകൂല്യങ്ങളും നമ്മൾ വിചാരിക്കാം ആവും നമുക്ക് കിട്ടുന്നതാണെന്ന് പക്ഷേ ഇതൊക്കെ വേറൊരു പ്രകാരത്തിലുള്ള ദ്രോഹമാണെന്ന് പറയാം എന്തൊക്കെ ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന ദാനം ശ്രദ്ധയാതേയം കൊടുക്കുന്ന കാര്യത്തിൽ ബിയാദേയം സംവിധാദേയം ശ്രദ്ധയോടുകൂടി വേണം കൊടുക്കാൻ ഭയത്തോടുകൂടി വേണം കൊടുക്കാൻ നല്ലവണ്ണം കൊടുക്കണം എന്നാ അമ്പലത്തിലിടുന്ന നോട്ടുകളൊക്കെയോ അല്ലേ സ്വാമി പറഞ്ഞിട്ടുള്ളതാണ് സെക്രട്ടറി ഇവിടുന്ന് നോക്കുമ്പോൾ ട്രഷററെ അവിടുന്ന് കാണും ഇല്ലേ പൊട്ടിച്ച നോട്ട് അഞ്ചു രൂപയുടെ നോക്കുമ്പോ ആ കഷ്ണം തന്നെ രണ്ടും ഒരേ കഷ്ണങ്ങളാണ് അപ്പൊ വേറെ രണ്ടും നോട്ടില്ല അതുപോലും ഉപകാരമില്ല എന്ന് പറയും സെക്രട്ടറി കുറിച്ച് ഇന്ന പത്ത് രൂപ കിട്ടി ഇല്ല നോക്കുമ്പോ അഞ്ചും ഇല്ല എന്ന് പറയാം ഇങ്ങനെയൊക്കെയാ നമ്മുടെ ദാനം ദിനോബാജിയുടെ ദാനത്തിന്റെ മഹത്വം പറഞ്ഞിട്ടുണ്ടല്ലോ സാധനം ഇല്ലേ ദാനത്തിന്റെ ഏറ്റവും മാഹാത്മ്യം ഞാൻ അറിഞ്ഞത് അമ്മയിൽ നിന്നാണ് നല്ലത് കൊടുക്കാൻ പഠിപ്പിക്കുക എന്ന് പറയാം ഒരാൾക്ക് കിട്ടുമ്പോ എങ്ങനെ ഇരിക്കും എന്നുള്ളത് അപ്പൊ ആവശ്യമുള്ളത് മാത്രേ കൊടുക്കാം ദിനോബാജിയുടെ ദാനത്തിന്റെ മഹത്വം പറഞ്ഞിട്ടുണ്ടല്ലോ സാധനം ഇല്ലേ ദാനത്തിന്റെ ഏറ്റവും മാഹാത്മ്യം ഞാൻ അറിഞ്ഞത് അമ്മയിൽ നിന്നാണ് നല്ലത് കൊടുക്കാൻ പഠിപ്പിക്കുക എന്ന് പറയുന്നത് ഒരാൾക്ക് കിട്ടുമ്പോ എങ്ങനെ ഇരിക്കും എന്നുള്ളത് അപ്പൊ ആവശ്യമുള്ളത് മാത്രമേ കൊടുക്കാം അല്ലാതെ ഈ നമ്മൾ കൊടുക്കുന്ന ഒരുപാട് നമ്മുടെ കൊടുക്കലുണ്ട് പല ആവർത്തി പല പ്രകാരത്തിൽ പല സന്ദർഭത്തിലൊക്കെ സ്വാമി ഓർമ്മിപ്പിച്ചിട്ടുള്ളതാണ് എല്ലാം നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ വരട്ടെ കൊടുക്കുന്നത് മുതൽ എല്ലാം വിവാഹത്തിന് കൊണ്ട് ഷഷ്ട്യബ്ദി പൂർത്തിക്ക് കൊടുക്കുന്നത് തൊണ്ണൂറാം വയസ്സിലുള്ള അപ്പൂപ്പൻ എന്താണ് കൊണ്ടു കൊടുക്കേണ്ടത് അല്ലേ വീഡിയോ ഗെയിം സ്വാമി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ ഒരാൾ ഗൾഫിൽ നിന്ന് കൊണ്ടു കൊടുത്ത മസിലുണ്ടാക്കുന്ന ഒരു സാധനം ശരിക്കും ഇത് കൊടുത്തതാണ് അയാൾ ഒരു എൺപത്തഞ്ച് തൊണ്ണൂറ് വയസ്സായിട്ടുള്ളൊരു അമ്മാവിന് കൊടുത്ത് എന്നിട്ട് ഈ അമ്മാവിന് ഇത് കിട്ടിയിട്ട് ചെറുപ്പക്കാർക്ക് ആർക്കെങ്കിലും കൊടുക്കുന്നുണ്ടോ അതുമില്ല ഇത് അവൻ എനിക്ക് തന്നതല്ലേ ഇരിക്കട്ടെ പാക്കറ്റ് തുറന്ന് കാണിക്കാൻ അറിയാം ഇതൊന്ന് വലിക്കൂ എന്ന് പറഞ്ഞാൽ പറ്റില്ല വലിക്കാൻ പറ്റുന്ന പറഞ്ഞിട്ടുള്ളത് ആർക്കാ നമ്മൾ എന്താ കൊടുക്കുന്നത് ഈ കൊടുക്കുന്ന ഇത് നമുക്ക് ഇപ്പോഴും അറിയില്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ വിദേശത്തൊക്കെ പോയി വരുന്നവര് ആളുകൾക്ക് ഈ കൊടുക്കുന്നത് കാണണം നല്ല രസ പേനയൊക്കെ പിന്നെ അത്യാവശ്യം എല്ലാവർക്കും ഉപകരിക്കും പക്ഷെ അല്ലാത്തവർക്കും അവര് പേന പേന ആവശ്യമില്ലാത്തവർക്കും കൊടുക്കും പിന്നെ പേന ഇന്ന് തല ചൊറിയാനെങ്കിലും പറ്റും എന്ന് വീട്ടിൽ ജോലിക്കാരുണ്ട് അവർ അവർക്ക് കുട്ടികളുണ്ടെങ്കിൽ അവരോട് പറയണം എന്ത് മോന് കൊടുക്കണം മോൾക്ക് കൊടുക്കണം എന്നൊക്കെ പലരും പല സാധനവും കൊടുക്കുന്നത് പലരെയും അപമാനിക്കുന്ന രീതിയില്ല അതുകൊണ്ട് ദാനം എന്നുള്ളതിൽ വളരെ ശ്രദ്ധ വേണമെന്ന് പറയാം കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഉപനിഷത്ത് പറഞ്ഞത് ശ്രദ്ധയാദേയം സംവിധാദേയം ബിയാദേ ശ്രദ്ധയോടെ നന്നായിട്ട് ഭയത്തോടെ ൊക്കെ ദാനത്തിൻ്റെ ലക്ഷണങ്ങളാണ് തുടർന്ന് ദമം ധമം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയ നിഗ്രഹം ഇന്ദ്രിയ നിഗ്രഹം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളെ കെട്ടിയിടലാണോ അല്ല എന്നാ അഴിച്ചുവിടലാണോ അല്ല പിന്നെയോ അറിയ ഇന്ദ്രിയങ്ങൾ ഇതാണ് ഭഗവാൻ നേരത്തെ പറഞ്ഞു ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങളിൽ നിയമേന പ്രവർത്തിക്കും അതിനെ ബലാത്കാരമായിട്ട് ഒരു പിടിച്ചു കെട്ടലല്ല അർജുന വേണ്ടത് പിന്നെയോ അറിയുക വേണ്ടത് ഇന്ദ്രിയസ്യ ഇന്ദ്രിയാർത്ഥ രാഗദ്വേഷവും വ്യവസ്ഥിതവും തയോർന്ന വശമാക ചെയ്തു കുതിരകൾ കുതിരകളുടെ വഴിക്ക് പോവും പക്ഷെ നീ അറിയണം ഇതാ ഇന്ന വഴിയിലൊക്കെ പോകുന്നുണ്ട് എന്നാലോ അറിഞ്ഞു അതുകൊണ്ടാണ് മഹാത്മാക്കൾ പറയുന്നത് തെറ്റുകൾ നമുക്ക് സംഭവിക്കും തെറ്റ് എന്നത് മനുഷ്യ സഹജമാണ് തെറ്റുകൾ സംഭവിക്കുന്നുള്ളത് അത് നിരന്തരം സംഭവിക്കുമെന്ന് ചോദിച്ചാൽ നിരന്തരം സംഭവിക്കും ആഹാ അതെ പക്ഷേ ഒരിക്കൽ അറിഞ്ഞാൽ ഞാൻ ഓ തെറ്റാണെന്ന് അറിഞ്ഞാൽ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം അതിനെ അതിവർത്തിക്കണം തെറ്റുകൾ ആവർത്തിക്കപ്പെടുന്നത് എന്താ പറയുക അറിവിന്റെ ലക്ഷണമല്ല തെറ്റുകൾ തിരുത്തപ്പെടുന്നത് അറിവിന്റെ ലക്ഷണമാണ് അല്ലാതെ എന്തെങ്കിലും ഒരു തെറ്റ് പറ്റി അയ്യോ അങ്ങനെ പറ്റിയല്ലോ ഒരിക്കലും പറ്റാൻ പാടില്ലാത്തതായിരുന്നു എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം ഇനിയിപ്പോ മരിക്കാം എന്ന് ചിന്തിക്കുക അത് അതിലേറെ തെറ്റ് ഒരിക്കൽ കുഴിയിൽ വീണു എന്നാൽ ഇനി വീഴാതിരിക്കാം അല്ലേ അതുകൊണ്ട് എന്താണ് മം എന്ന് പറഞ്ഞാ ഇന്ദ്രിയ നിഗ്രഹം രാമകൃഷ്ണദേവൻ ഇവിടെ ഒരു കഥ പറയും കഥ എന്ന് പറഞ്ഞാൽ ഒരു ദൃഷ്ടാന്തം പറയുന്ന ഈ സർക്കസില് ഈ കീരിയെ അവര് ഇങ്ങനെ കീരിയുണ്ട് സർക്കസിലെ കീരിയ അപ്പൊ ഈ കീരിയെ കെട്ടിയിട്ടിരിക്കുക വലിയൊരു കയറിൽ ഏ അപ്പൊ കീരി ഇങ്ങനെ പോവും പോയിട്ട് അതിങ്ങനെ ഇഴഞ്ഞു പോയിട്ട് ഒരു മാളത്തില് പോയി അതങ്ങോട്ട് ഉള്ളിലേക്ക് അങ്ങോട്ട് പോകുമ്പോഴേക്കും കീരി താഴേക്ക് വീഴും കാരണം കിരിയുടെ പിറകിൽ വലിയൊരു കല്ല് കെട്ടിയിട്ടുണ്ട് അതുകൊണ്ട് അതിന് തോന്നിയതുപോലെ പോകാൻ പറ്റില്ല ഇപ്പൊ ഒരു ജ്ഞാനക്കല്ല് കെട്ടിയിടണം എന്നാ പറയുന്നു ഇന്ദ്രിയങ്ങൾ അങ്ങനെ അങ്ങോട്ട് പോകുമ്പോ അങ്ങോട്ട് വീഴണം ഒരുപാട് മൊത്തം അങ്ങോട്ട് വിട്ടുകഴിഞ്ഞാൽ ഒറ്റ പോക്കായിരിക്കും ധമം യജ്ഞം ആറാമത് പറയുന്നു ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് അഭയം രണ്ട് സത്വസംശുദ്ധി മൂന്ന് ജ്ഞാനയോഗ വ്യവസ്ഥിതി നാല് ദാനം അഞ്ച് ദമം ആറ് യജ്ഞം യജ്ഞത്തെക്കുറിച്ച് വിസ്തരിച്ച് പറഞ്ഞു കഴിഞ്ഞതാണ് ലോകസേവനം എന്നങ്ങോട്ട് മനസ്സിലാക്കുക യജ്ഞാത് ഭവതി പർജന്യ മുതൽ മനസ്സിലാക്കിക്കൊള്ളുക യജ്ഞത്തിലാണ് ഈ ലോകം തന്നെ നിലനിൽക്കുന്നത് എന്ന് മനസ്സിലാക്കുക യജ്ഞത്തിലാണ് നാം ഉണ്ടായത് എന്ന് മനസ്സിലാക്കുക എല്ലാം യജ്ഞം അപ്പൊ യജ്ഞം ആവശ്യമാണ് അതുപോലെ സ്വാധ്യായം എന്തെങ്കിലുമൊക്കെ ഒന്ന് പഠിക്ക പഠിക്കുക എന്ന് പറഞ്ഞാൽ ഇനി എഴുത്തും വായനയൊന്നും അറിയില്ല ഇനിയിപ്പൊ പുതിയതായിട്ട് സ്കൂളില് പഠിക്കണം എന്നൊക്കെയാണോ അല്ല ഇപ്പൊ സമ്പൂർണ്ണ സാക്ഷരത എന്നാണല്ലോ നമ്മുടെ നാടിനെ കുറിച്ച് പറയണം ആ സമയത്ത് കേട്ടിട്ടുള്ള ഒരു തമാശ ഒരാള് ഗൂഡുണ്ടത്ര വായിക്കാൻ അറിയാത്ത ആൾ മരിക്കുന്നതിന് തൊട്ടുമ്പോ അയാളും പറഞ്ഞു അയാള് ആന്ന് പറഞ്ഞുകൊണ്ട് മരിച്ചു അങ്ങനെയാണ് അത്ര നൂറ് ശതമാനം ആയത് അതോ ദേഹമാണെങ്കിൽ എന്ത് നല്ല തമാശയ ദേഹമാണെങ്കിൽ എന്ത് കളി കളിച്ചിട്ടും ആ പറയുന്നില്ല അപ്പൊ അതിനൊരു കല്ലെടുത്തവര് ഇടിയിടിക്കേണ്ടി വന്നു ആ കാലിന് എന്ന് പറഞ്ഞ കാരണം ഇവര് സർവേ നടത്തുന്നവരെ നോക്കുകയാണ് എത്ര ആള് പറയാനുണ്ട് നൂറ് ശതമാനം ആവണ്ട എന്ന് പറയാം ഇതൊക്കെ ഇല്ലാത്താണ് സ്വാധ്യായം തന്നെ കുറിച്ച് അറിയാനുള്ള ഒരു ശ്രമം നടക്കലും എല്ലാം എന്ന് പറയും സ്വാധ്യായം പിന്നെയോ തപ തപസ് തപസ് ഏതൊക്കെയാണ് വാചികം ശാരീരികം മാനസികം തപസ് തുടർന്ന് ആർജവം ആർജവം ഋചിത്വം അർജുനന്റെ ഭാവം കുടിലത ഇല്ലായ്മ എന്ന് പറയും ഋജിത്വമാർന്ന ഭാവം ഒൻപതാമത്തെ ഗുണം പത്താമത് ഭഗവാൻ പറയുന്നു അഹിംസ അഹിംസ വിസ്തരിച്ചതാണ് വളരെ വിസ്തരിച്ചതാണ് അതുകൊണ്ട് വിസ്തരിക്കേണ്ട ആവശ്യമില്ല അഹിംസ സത്യം പതിനൊന്ന് സത്യം എന്ന് പറഞ്ഞാൽ ഉള്ളതിനെ നല്ലവണ്ണം പ്രകാശിപ്പിക്കുക സത് എന്ന് പറഞ്ഞ കാലത്രയേത് തിഷ്ടതിയത് തത് സത് അതിനനുസൃതമായിട്ടുള്ള കർമ്മങ്ങൾ സത്യം അക്രോധം ക്രോധം ഇൽമ അത് നടക്കുമോ അത് നടക്കില്ല പിന്നെ എന്ത് നടക്കും ക്രോധം ക്രോധം ക്രോധം വേണ്ടേ അങ്ങനെയല്ല അങ്ങനെ ഒരു അന്വേഷണം വേണ്ട എന്ന് പറയാം പിന്നെയോ ദേഷ്യമുണ്ടോ ദേഷ്യം പിടിച്ചു എനിക്ക് ദേഷ്യമുണ്ട് എന്നൊക്കെ അറിയുക അത്രയേ ഉള്ളൂ അത് സ്ഥിരമായിട്ട് അതിനനുസരിച്ച് ഈ പറഞ്ഞ പോലെ അത് നമ്മെ ഭരിക്കാതിരിക്കുക എന്ന് പറയുക സ്വാമിജി പറയുന്ന പോക്കറ്റിലിട്ട് സൂക്ഷിക്കുക ആവശ്യം വരുമ്പോൾ ഉപയോഗിക്കുക ആവശ്യം കഴിഞ്ഞാൽ പോക്കറ്റിനകത്ത് വയ്ക്കുക അക്രോധം ക്രോധമില്ലായ്മ ത്യാഗം ത്യജിക്കാനുള്ളൊരു മനസ്സ് തനിക്കുള്ളതിനെ ത്യജിക്കുക ശാന്തി ശാന്തി മനസ്സിൻ്റെ അടക്കം എന്ന് പറയാ സാമ്യാവസ്ഥ ശാന്തി അപൈശ്വനം വളരെ അത്യാവശ്യമായിട്ട് വേണ്ടതാണ് പരദൂഷണം പറയാതിരിക്കുക അപൈശ്വനം എന്തൊക്കെയാ പരദൂഷണം പരന്റെ ദോഷം പറയുക ഞാൻ കണ്ടിട്ടില്ല ഈ ബാഗ് ഇവിടെ നേരത്തെ ഇല്ല ഞാൻ വളരെ നേരത്തെ ഉണ്ടായിരുന്നു ഒന്നിനും ഒരു റെക്കമെൻറ്റിനും പോണ്ട അപൈജുനം ഭൂതേഷു ദയാ ഭൂതേഷു സൃഷ്ടി വർഗങ്ങളിൽ ദയാ എല്ലാറ്റിനോടും ഒരു തൻ്റെ തൻ്റെ തന്നെ മറ്റൊരു രൂപമാണ് എന്ന ഭാവം ഭൂതേഷു ദയാലിവ് എന്ന് പറയാം അലോലുപത്വം ആശയില്ലായ്മ അലോലുപ്തം ആഗ്രഹം വയ്ക്കാതിരിക്കുക മാർദ്ദവം മാർദ്ദവം എന്ന് ക്രൂരത ഇല്ലായ്മ ഹ്രീ ഹ്രീ എന്ന് ലജ്ജ എന്നാണ് ഹ്രീ അചാപലം ഇളക്കമില്ലായ്മ തേജ തേജസ് ക്ഷമ സഹനം ധൃതി ധൈര്യം മനസ്സിൻ്റെ മനസ്സിനെ ധരിക്കുന്നത് തേജഹ ബുദ്ധിയുടെ തീക്ഷ്ണത ശൗചം ബാഹ്യാഭ്യന്തര ശുചിത്വം എന്ന് പറയാം മനസ്സിൻ്റെ ശുചിത്വം മുതൽ കായ എന്താ ശരീരശൗചം ഇത്യാദി ശൗചങ്ങളൊക്കെ അദ്രോഹം ദ്രോഹം ഇല്ലായ്മ നാതിമാനിത ഞാനെന്ന ഭാവം ഇല്ലായ്മ അമാനിത്വം അദമ്പിത്വം അഹിംസ ക്ഷാന്തിരാർജവം അല്ലേ ഇത്യാദി ഗുണങ്ങളൊക്കെ ഭഗവാൻ അവിടെ പറഞ്ഞിട്ടുണ്ട് അതിനെ ഒന്നുകൂടെ അർജുനനോട് ഓർമ്മിപ്പിക്കുകയാണ് അവിടെ നമ്മൾ ഇരുപത്തൊന്ന് ഗുണങ്ങളെ കണ്ടിട്ടുണ്ട് ഇവിടെ ഇരുപത്തിയാറ് ഇരുപത്തേഴാണ് അവിടെ ആ ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് ഇരുപത് ഇരുപത് ഗുണങ്ങൾ ഇവിടെ ഇരുപത്തി ആറ് ഗുണങ്ങളെക്കുറിച്ച് പറയുന്നു ഏതാനി ദൈവീം സമ്പതം അഭിജാതസ് ഭവന്തി ഇതെല്ലാം ദൈവീകമായിട്ടുള്ള സമ്പത്തിനെ അഭിജാതസ്യ കുലീനന് സംഭവിക്കുന്നു ഒരു കുലത്തില് ശരിയായിട്ടുള്ള കുലത്തില് ജനിച്ച അമലില് ഇത് സംഭവിക്കുന്നു എന്ന് പറയാം ഇത്രയാണ് ലക്ഷണങ്ങൾ പറഞ്ഞത് ഇതിനെതിരായിട്ടുള്ള വിരുദ്ധമായ ലക്ഷണത്തെ ഭഗവാൻ പറയുന്നു നോക്കാം ദർ അഭിമാന ചോധം പാരുഷ്യം അജ്ഞാനം അഭിജാത പാർ സമ്പതം ആസുരീ ആസുരന്മാരുടെ സുരന്മാരുടെ സമ്പത്ത് പറഞ്ഞു അസുരന്മാരുടെ സമ്പത്ത് എന്തൊക്കെയാ അവരെന്തൊക്കെയാ കരുതി വെച്ചിരിക്കുന്നത് അവരുടെ ധനം എന്തൊക്കെയാണ് അർജുന ആദ്യം തന്നെ അവർക്കുള്ളത് ദമ്പമാണ് എന്ന് പറയാം ദമ്പം എന്ന് പറഞ്ഞാൽ സ്വയം താൻ സദ്വൃത്തനാണ് എന്ന് നടിക്കുക ഞാൻ ശരിയാണ് ശരിയായിട്ടുള്ളവനാണ് എന്ന് അപ്പൊ ഈ ക്ഷത്രിയൻ ഇതൊന്നും പാടില്ലാത്തതാണെന്ന ഒരിക്കലും ഒരു രാജാവ് തന്റെ അനന്തരാവകാശിയെ തെരഞ്ഞെടുക്കുന്നതിനായിട്ട് ചെറുപ്പക്കാരുടെ ഇടയിൽ ഒരു പരീക്ഷണം നടത്തി കാരണം രാജാവിന് മക്കളില്ലായിരുന്നു രാജാവ് കുറെ ചെറുപ്പക്കാരെ വിളിച്ചു ഇന്ന യോഗ്യത വിളിച്ചു അതിൽ യോഗ്യന്മാരെ തിരഞ്ഞെടുക്കാനായിട്ട് രാജാവ് അവർക്കൊക്കെ വിത്ത് കൊടുത്തു കുറേശെ കുറേശ്ശെ വിത്ത് കൊടുത്തു കുറച്ച് വിത്തുകൾ കൊടുത്തു ഓരോരുത്തർക്കും എന്നിട്ട് പറഞ്ഞു ഇത് മുളപ്പിച്ച് ചെടിയാക്കിയിട്ട് മൂന്നാല് വിത്ത് ഓരോരുത്തർക്കും കൊടുത്തു ചെറിയ കവറിലിട്ടിട്ട് ഇത് ഒരു വൃക്ഷത്തിൻ്റെ വിത്താണ് അതിനെ മുളപ്പിച്ച് ഒരു പാകത്തിനാക്കിയിട്ട് എത്രയോ ദിവസങ്ങൾ പറഞ്ഞു മാസത്തിൻ്റെ അടുത്ത് പറഞ്ഞു കൊണ്ടുവരാൻ പറഞ്ഞു എന്നിട്ട് അതിൽ നല്ല ഇത് നോക്കിയിട്ട് അപ്പൊ അതിലേറ്റവും നന്നായി ശ്രദ്ധയോടുകൂടി എങ്ങനെയാണ് ഇവർ പ്രജകളെ പരിപാലിക്കുന്നത് ഇതായിരുന്നു രാജാവിൻ്റെ ഉദ്ദേശം എന്ന് അവർ മനസ്സിലാക്കിയിട്ട് അവർ കൊണ്ടുപോയി അതിനെ ചെയ്തു നറച്ചു പേര് അതിൽ വന്നു അപ്പൊ ഒരു വിദ്വാന്റെ വിത്ത് എന്ത് കളിച്ചിട്ടും മുളയ്ക്കുന്നില്ല അവന് വല്ലാത്ത വിഷമാണ് ആ സമയമായപ്പം മറ്റുള്ളവരുടെ കൂടെ മറ്റുള്ളവര് പറഞ്ഞു അങ്ങനെ നന്നായിട്ടുണ്ട് എൻ്റെത് ഇത്രയായി മറ്റോ എൻ്റെ ഇത്രയായി അതായി ഇതായി എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഇവനും കൂട്ടത്തിൽ പോയി ഇവന്റെ വെറും കാലി ചട്ടിയുമായിട്ട് പോയി അപ്പം രാജാവ് എല്ലാവരുടെയും പരിശോധിച്ചു ഇവന്റെ അടുത്ത് വന്നു ഇവന്റെ നോക്കി എന്നിട്ട് രാജാവ് പറഞ്ഞു ഇവനാണ് അനന്തരാവകാശി മുളയ്ക്കാത്ത വിത്തിന്റെ ചട്ട് ആ ഉടമ ഇവനാണ് അനന്തരാവകാശി എന്താന്ന് പറഞ്ഞാല് ഇവനാണ് അതിനെ ഇവൻ സത്യസന്ധമായിട്ട് കാര്യം ചെയ്തു തോന്നാൻ ഞാൻ എല്ലാവർക്കും വർത്തവിത്ത കൊടുത്തു എല്ലാവർക്കും വർത്തവിത്ത അവരെന്ത് ചെയ്തു ഈ വർത്ത വിത്ത് മുളയ്ക്ക മുളയ്ക്കില്ല എന്ന് കണ്ടപ്പം ഇന്ന വിത്താണെന്ന് അറിഞ്ഞിട്ട് വേറെ മുളപ്പിച്ചു എന്നിട്ട് രാജാവിന് ഇവൻ അത് തോന്നിയില്ല കാരണം അവൻ സത്യസന്ധ ആ ഒരു എന്താ പറയുക ദമ്പമില്ല അതൊരു ക്ഷത്രിയന് വേണ്ട ഗുണ അതുകൊണ്ട് സ്വയം സദ്വൃത്തൻ എന്ന് നടിക്കാതിരിക്കുക ദർപ്പം ദർപ്പം എന്ന് പറഞ്ഞാൽ ധനത്തില് വിദ്യയില് ഇതിന്റെ എന്താ ആധിക്യം കൊണ്ട് തള്ളിച്ച് അതിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ പ്രകടമാക്കിക്കൊണ്ടിരിക്കുക നിരന്തരം നിരന്തരം അതിന്റെ പ്രകടനം അതാ എങ്ങനെയാണെന്നൊന്നും സ്വാമി കൂടുതൽ വിസ്തരിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ എവിടെയാണ് നമ്മൾ എന്താണ് ഉപയോഗിക്കേണ്ടത് ഒരാളോട് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ അയാൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്ന ഭാഷ നമ്മൾ പറയണം ഇല്ലേ സ്വാമിക്കിപ്പോ ഇവിടുന്ന് ഒരു ഒരു ഏതെങ്കിലും ഒരു സ്ഥലത്തോ ഓട്ടോറിക്ഷ കയറിയിട്ട് ഓട്ടോറിക്ഷയിൽ റെയിൽവേ സ്റ്റേഷനിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് പോണം ആ ഓട്ടോറിക്ഷക്കാരനോട് സംസ്കൃതത്തിൽ സംസാരിച്ചാലോ അതൊരധിക പ്രസംഗല്ലേ സ്വാമിയുടെ സംസ്കൃതത്തിൽ എന്നെ നീ അവിടെ വിട്ടു തരുമോ എന്ന് ചോദിച്ചാൽ ചിലപ്പോ പറയുന്ന ആളേക്കാൾ വലിയ സംസ്കൃത വിദ്വാനായിരിക്കാം അങ്ങനെയുണ്ടല്ലോ ഒരിക്കലും ഒരുവൻ ഒരു എന്താ സർക്കസ് കമ്പനിയിൽ ഈ എന്താ മൃഗമായിട്ട് വേഷം കെട്ടിയതാ അതായത് സിംഹത്തിന്റെ പുറത്ത് ഇരിക്കുന്ന ഒരു കരടി അപ്പൊ കരടിയായിട്ട് വേഷം കെട്ടിയവനാ അതൊക്കെ ആളുകൾക്കറിയില്ല അത്തരത്തിലുള്ള വിദേശത്തു നിന്നുള്ള തോൽ കൊണ്ടുവന്നിട്ടിട്ട് അവരങ്ങനെ അവനോട് പറഞ്ഞു കരടിയാക്കാമെന്ന് അപ്പൊ ഇവൻ പ്രീ ഡിഗ്രി പാസ്സായിട്ടുണ്ട് അപ്പൊ ഈ കരടിയായിട്ട് അവൻ അങ്ങനെ സിംഹത്തിൻ്റെ മുകളിൽ കയറിയിരുന്ന് ഇങ്ങനെ പോകുമ്പം അവൻ പറയണം എൻ്റെ ഒരു യോഗം പ്രീ ഡിഗ്രി പാസ്സായി ഞാനിങ്ങനെ കരടിയായിട്ടിരിക്കുക അപ്പം അടിയിൽ നിന്ന് സിംഹം പറയാം മിണ്ടാതിരിക്കട ബി എ കഴിഞ്ഞ ഞാനാണ് ഇവിടെ അടിയിലിരിക്കുന്നത് അതിലുമില്ല അതൊക്കെ നമുക്ക് ആവശ്യമില്ലാത്തടത്ത് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുക അത്തരത്തിൽ സംഗതികൾ അല്ലേ അത് വളരെ ആലോചിക്കേണ്ടതാണ് നമ്മളൊക്കെ പലപ്പോഴും കേൾക്കാറുണ്ട് കാണാറുണ്ട് സ്വാമി പറയാം രാവിലെ തന്നെ ഓട്ടോറിക്ഷ കയറിയിട്ട് ഇപ്പൊ രൂപയാണല്ലോ പന്ത്രണ്ട് രൂപ കൊടുക്കാൻ നേരത്തെ ആയിരത്തിൻ്റെ നോട്ടെടുത്ത് കൊടുക്കുക അപ്പോ അല്ല സാറേ ചേഞ്ചൊന്നും ഇല്ലേ നോക്കിയിട്ട് വേറൊരു കെട്ടായിരം എടുത്തിട്ട് അവർ പറപ്പിക്കലോ എന്ന് പറഞ്ഞിട്ട് എടോ എന്തിനാണിതൊക്കെ താൻ ഓട്ടോറിക്ഷ കയറി പന്ത്രണ്ട് രൂപയാണെങ്കിൽ അത് ആദ്യം ആരോടെങ്കിലും മേടിക്കണം വീട്ടുണ്ടെങ്കിലും മേടിച്ചു വെക്കണം അവിടെ ചെന്ന് വഴക്ക് ഉണ്ടാക്കരുത് എന്നിട്ട് അവിടുത്തെ ആ ട്രാഫിക് പോലീസിനോട് നാല് ഇംഗ്ലീഷിൽ നാല് വർത്തമാനം എന്നിട്ട് അയാൾ ഇയാളെ പാവത്തിനെ മിരട്ടി ഓടിക്കും പോയിക്കൊള്ളാൻ പറയും അവസാനം അവന് പന്ത്രണ്ടുമില്ല ഒന്നുമില്ല ഈ കൊണ്ട് വിട്ടുകൊടുത്തത് മെച്ചം അപ്പൊ എവിടെ നമ്മുടെ ആ ഒരു ആ എന്താ പറയാ ദർപ്പമുണ്ടല്ലോ ചിലപ്പോ വല്ലാതെ ഇംഗ്ലീഷൊക്കെ പറഞ്ഞോളൂ ഓട്ടഷക്കാരോടൊക്കെ അതിന്റെ ആവശ്യമില്ല അവിടെ അപ്പൊ എവിടെയാണ് എങ്ങനെയാണ് നാം പെരുമാറേണ്ടത് ഈ ദുര്യോധന ഇത് കാണിച്ചിട്ടുണ്ട് ദുര്യോധനൻ ആദ്യം തന്നെ ആചാര്യന്റെ മുൻപിൽ വന്നിട്ട് പറഞ്ഞു ഞാൻ പരിചയപ്പെടുത്തി തരാം അങ്ങേക്ക് ആരൊക്കെയാണ് യുദ്ധത്തിന് വന്നിരിക്കുന്നത് ഒന്ന് അങ് തന്നെ ഭവാൻ പിന്നെയോ ഭീഷ്മ ഭവാൻ ഭീഷ്മ കർണശ് കൃപ് സമിതിഞ്ജയ അശ്വത്ഥാമാ വികർണശ്ച സൗമദത്തി സദൈവച്ച അന്യേ ചഹവശൂരാ മദർത്തെ തൃക്തജീവിതാ നാനാശസ്ത്രപ്രഹരണ സർവേ യുദ്ധവിശാരദാ ഇതൊക്കെ ഇതിന്റെ ലക്ഷണങ്ങളാ ഏതന്റെ ദർപ്പത്തിന്റെ ലക്ഷണം വീട്ടിലും നമ്മൾ ഇതൊക്കെ എടുക്കാറുണ്ട് ഭാര്യ ഇറക്കി ഭർത്താവിനോട് എടുക്കും പിന്നെ നിങ്ങളുടെ ഈ മാസത്തിൽ ഇതൊന്നും എനിക്ക് വേണ്ട എനിക്ക് എന്റെ അച്ഛൻ ഇഷ്ടമാതിരി ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് ദർപ്പത്തിൽ അച്ഛൻ എന്തോ ചില്ലറ ഉണ്ട് എന്നുള്ളൊരു ദർപ്പം ഈ വിദ്വാന്റെ അടുത്ത് ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ ഓർമ്മിപ്പിക്കും എനിക്ക് അവിടെ ഉണ്ട് എനിക്കിവിടെ ഉണ്ട് പിന്നെ നിങ്ങൾ അതായത് നിങ്ങളും ഇപ്പൊ എന്റെ അച്ഛന്റെ അടുത്ത് നിന്ന് കുറച്ച് കടം അത് തിരിച്ചു കൊടുക്കാനുണ്ട് ഇപ്പോഴും അതൊക്കെ ആ സൗഭാഗ്യങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നതൊക്കെ സൂചന കൊടുക്കുന്നു പറയാം ഇതൊക്കെ എന്താണ് ഇതാ അതിൻ്റെ പേരാണ് ദർപ്പം അതുണ്ടെങ്കിൽ ഒഴിവാക്കണം ദർപ്പം ദർപ്പം എന്ന് പറഞ്ഞാൽ ധനത്തിൽ വിദ്യയിൽ ഇതിൻ്റെ എന്താ ആധിക്യം കൊണ്ട് തള്ളിച്ച് അതിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ പ്രകടമാക്കിക്കൊണ്ടിരിക്കുക നിരന്തരം നിരന്തരം അതിന്റെ പ്രകടനം അതാ എങ്ങനെയാണെന്നൊന്നും സ്വാമി കൂടുതൽ വിസ്തരിക്കേണ്ട ആവശ്യമില്ലല്ലോ അഭിമാന ബാലവേഷ് പിന്നെ പറയണ്ടല്ലോ അല്ലേ എന്നെ പോലെ വേറെ ആരുമില്ല എന്ന് പറയാം എനിക്ക് സദൃശനായിട്ട് കോന്യോസ്മി സദൃശാമയ ഭഗവാൻ പറയാൻ പോവുന്നുണ്ട് അതൊക്കെ ച അഭിമാന ച ക്രോധ കോപം തൊട്ടതിനും പിടിച്ചതിനും എല്ലാം ക്രോധം ഒന്നും ചോദിക്കാൻ പറ്റില്ല അപ്പൊ ശരിയാക്കി കളഞ്ഞു അല്ലെ അങ്ങനെ അങ്ങനെ നിൽക്കണം അങ്ങനെ കണ്ടിട്ടുണ്ടാവും അല്ലാതെ ഈ ക്രോധായിട്ടുള്ള ആളുകള് അവസാനം അവർക്ക് അസുഖമൊക്കെ വന്ന് കിടക്കുന്ന സമയത്ത് ഒരാളും അടുത്ത് പോവില്ല ഒരാളും പോവില്ല അപ്പോഴ അവരുടെ ദേഷ്യവും എല്ലാം കൂടെ അവർക്ക് സങ്കടവും എല്ലാം വരിക നല്ല സമയത്തേ ആരും പോവില്ലേ പേടിച്ചിട്ട് അങ്ങനെ ക്രോധവും കൂടെ വന്നു കഴിഞ്ഞാലോ കിടക്കട്ടെ കിടക്കട്ടെ എന്ന് എല്ലാവരും അങ്ങനെ വിചാരിക്കുന്നു പറയും ക്രോധ പാരുഷ്യം പരുഷവചനം അതിനെ ശുദ്ധ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത അസഭ്യം പറയുക സഭ്യമല്ലാത്തത് പറയുക അത് ഭാര്യയോടാണെന്നോ കുട്ടികളോടാണെന്നോ ഒന്നുമില്ല ആരോടും ഡേഷ് മോനേനെ പറയൂ ദേഷ്യം നിങ്ങൾക്ക് പൂരിപ്പിക്കാം അതെന്തിനും സന്തോഷം വന്നാലും സങ്കടം വന്നാലും ദേഷ്യം വന്നാലും ഒക്കെ പിന്നെയോ അജ്ഞാനം പോരെ അറിവില്ലായ്മ വിവരക്കേട് അജ്ഞാനം ഏതാനി ഏതാനി എന്ന് ഇതൊക്കെ ആസുരീ സമ്പതം ആസുരന്മാരുടെ സമ്പത്താണ് അവരുടെ എഫ് ഡി ആയിട്ടുണ്ട് ഇതൊക്കെ നീക്കിയിരുപ്പ എന്താന്ന് ചോദിച്ചാൽ ഇതൊക്കെയാണോ എന്ന് പറയും ആസുരീൻ സമ്പതം അഭിജാതസ്യ ഭവന്തി ഇതൊക്കെ പ്രാപിക്കാൻ പറ്റിയ വിധം അവര് അങ്ങനെ ജനിക്കും അങ്ങനെയുള്ള ഇടത്തൊക്കെ അല്ലെങ്കിൽ അവിടെയൊക്കെ അവരങ്ങനെ നിലനിൽക്കും ചിലരങ്ങനെ ഈ പലതിലും സംഘപ്പെട്ടിട്ടേ അവരങ്ങനെ ജോലിക്കൊന്നും പോവില്ല ചിലരങ്ങനെയുണ്ട് ഉന്നത കുലത്തിൽ ജനിച്ചു പോയി എന്നൊക്കെയുള്ള ഒരു ധാരണയിൽ അവർ വേറെ എവിടെയും ജോലിക്ക് പോവില്ല കാരണം അത് ഇയാളുടെ അച്ഛൻ തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പണ്ട് നമ്മുടെ നമ്മുടെ വീട്ടിൻ്റെ ഉമ്മറത്തിങ്ങനെ വന്ന് നിൽക്കുന്ന ആളുകൾ എന്നിട്ട് അവരിങ്ങനെ കൈനീട്ടും എടാ അതുകൊണ്ട് നമ്മൾ വേറൊരാളുടെ മുന്നിൽ പോയി കൈനീട്ടാമ്മൂടി അതുകൊണ്ട് ഇല്ലെങ്കിലും നമുക്ക് പട്ടിണി കടന്ന് കഴിയണം ഇങ്ങനെയൊക്കെയുള്ള ഒരു അജ്ഞാനം അജ്ഞാനത്തിൽ നിന്നുണ്ടായിട്ടുള്ളതാണ് അല്ലാത്ത ഇവിടെ ആരുടെ എന്ത് ജോലി കാര്യങ്ങളൊന്നും ചെയ്യുന്നതിനിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ പക്ഷെ അജ്ഞാനം കൊണ്ട് അവർ ചില ചില ധാരണകളൊക്കെ വെച്ച് പുലർത്തി തന്നെയും എല്ലാവരെയും നശിപ്പിക്കുന്നു എന്ന് പറയണം അജ്ഞാനം എന്ന് പറഞ്ഞാൽ ഒന്നിനെ അറിയാതെ മറ്റുള്ളതിനെ മുഴുവൻ അറിയാം തുടർന്ന് ദീ സമ്പദ് വിമോക്ഷാ നിബന്ധാസുരീമം ദൈവ ദീം സമ്പദ് വിമോക്ഷാ നിബദ്ധാസുരീമത മാഷു ചൈവം അഭിജാത അസി ഹേ പാണ്ഡവ ദൈവീ സമ്പദ് മോക്ഷായ ദൈവീ സമ്പത്ത് മോക്ഷത്തിനുള്ളതും എന്ന് പറഞ്ഞാൽ ബന്ധമോചനത്തിനുള്ളതും ദൈവീ സമ്പദ് ആദ്യം പറഞ്ഞ ഇരുപത്തിയാറ് ഗുണങ്ങൾ ആസുരി നിബദ്ധായ മത ആസുരീ സമ്പത്ത് ബന്ധനത്തിനുള്ളതാണ് അത് അജ്ഞാനത്തിൽ നിന്നുണ്ടായിട്ടുള്ള ഹേ പാണ്ഡവ അല്ലയോ അർജുന ദൈവീം സമ്പതം അഭിജാത ദൈവീ സമ്പത്തിനെ നേടുന്ന വിധത്തില് അസി അസി എന്ന് പറഞ്ഞാൽ നീ ജാതനാകുന്നു നീ ഭവിക്കണം ഭവിക്കുന്നു അതുകൊണ്ട് മാ ശുച ദുഃഖിക്കേണ്ട പറയാം ഇത്തരത്തിൽ ദൈവീ സമ്പത്തിനെ നീ വളർത്തുന്നുവെങ്കിൽ നീ അതിനെ സ്വീകരിക്കുന്നുവെങ്കിൽ ദുഃഖത്തിന് അവകാശമില്ല അല്ലെങ്കിലാണ് ദുഃഖം ഉണ്ടാവുന്നത് അജ്ഞാനം അജ്ഞാനത്തിലാണ് ഒരുവൻ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ നോക്കിക്കാണുന്നതെങ്കിലോ അവന് ദുഃഖമുണ്ടാവും ഒരാള് ഒരാളെ ജോലിക്ക് ഈ ജയിൽ വാർഡനെ ജയിൽ വാർഡനായിട്ട് ജോലിക്ക് വിളിച്ചു അപേക്ഷ അങ്ങനെ അവരെ ഇന്റർവ്യൂ ചെയ്യാം അപ്പൊ ഇയാളോട് ചോദിച്ചു ഈ ജയിലിലുള്ള ആളുകൾ പറഞ്ഞാൽ കേൾക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും ഓരോ ഒറ്റ ഒന്നിനും ഇവിടെ വയ്ക്കില്ല എല്ലാറ്റിനും ഞാൻ അടിച്ചു പുറത്താക്കും അവന് ജോലി ഉറപ്പാന്ന് പറയും പറഞ്ഞാൽ കേൾക്കാത്ത ഒറ്റ ഒരുത്തനും ഇതിനകത്ത് ഇരിക്കില്ല എല്ലാ എണ്ണത്തിനും ഞാൻ പറഞ്ഞാൽ കേൾക്കാത്തവൻ പഠിക്ക് പുറത്തു സാറേ അജ്ഞാനം കൊണ്ട് പറയണം ഇത് ഇത് തന്നെയാണ് എല്ലായിടത്തും ഇദ്ദേഹം പറയുക മക്കളോട് പറയുന്നത് ഭാര്യയോട് പറയുന്നത് അടക്കാരനോട് പറയുന്നത് എല്ലാരോടും ഇവിടെയും അത് തന്നെയാണ് പറയുന്നത് ദുഃഖം ജ്ഞാനത്തിൽ നിന്നുണ്ടാവുന്ന വാക്കുകള് കർമ്മങ്ങൾ എല്ലാം ദുഃഖത്തിന് ഹേതുവാകുന്നു തുടർന്ന് ആസുരം പാർത്ഥമേ ശൃ ദ്വൗ ഭൂതസർഗ ലോകേ അസ്മൻ ദൈവ ആസുരച്ച ദൈവ വിസ്തരശ പ്രോക്ത ആസുരം പാർത്ഥമേ ശൃണു അസ്മൻ ലോകേ ഈ ലോകത്തിൽ ഭൂതസർഗൗ ഭൂതസൃഷ്ടിയിൽ ജീവജാലങ്ങളിൽ ദൈവ ആസുര ദൈവമെന്നും ആസുരമെന്നും ഇവരാണ് ദൈവാസുരന്മാർ ഇവർ തമ്മിലാണ് യുദ്ധം എപ്പോഴും ാണ് പുരാണങ്ങൾക്കൊക്കെ പറയാനുള്ളത് ഈ ദൈവവാസുരവും ഉള്ളിൽ തന്നെയാണ് ഇരിക്കുന്നത് അവരൊന്നിലാണ് യുദ്ധം നമ്മൾ ആദ്യം കണ്ടതാണ് ദൈവ വിസ്തരശഹ പ്രോക്ത ദൈവിക സൃഷ്ടിയെക്കുറിച്ച് ദൈവസമ്പത്തിനെ കുറിച്ച് ഞാൻ വിസ്തരിച്ച് പറഞ്ഞു അതൊരു ഇരുപത്തിയാറ് എണ്ണമായിട്ട് ഞാൻ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട് വാർത്ത അർജുന ആസുരം മേ ശൃണു ഈ ദുര്യോധനാദികളെ കുറിച്ച് പറഞ്ഞത് പോരാ കാരണം അവര് നൂറ്റിച്ചില്ലാനുണ്ട് ഞാൻ ഒന്ന് സംഗ്രഹിച്ചിട്ടാ പറഞ്ഞു അതുകൊണ്ട് എന്നിൽ നിന്ന് നീ അതിന്റെ വിസ്താരത്തെ കേട്ടാലും ഞാൻ വിശ്വരൂപം പറഞ്ഞതുപോലെ തന്നെ നിനക്ക് ഞാൻ പറഞ്ഞു തരാം എന്ന് പറയും സ്വാമി വിസ്തരിക്കൂ കേൾക്കട്ടെ ആ വിസ്തരിക്കാം എന്ന് പറയും പ്രവൃത്തിവൃത്തിരാചം നരഹ ന സത്യം തന്നചാര അതെ എന്താണ് ആസുരാ ആസുരപ്രകൃതികളായിട്ടുള്ള ജനങ്ങൾ ആസുരപ്രകൃതി എന്ന് പറഞ്ഞാല് മനസ്സിലാക്കണേ അസുരൻ എന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഒന്നുകൂടെ ഇവിടെ ഓർമ്മിപ്പിക്കട്ടെ അസു പ്രാണേഷു ഇന്ദ്രിയേഷു രമന്തേ ഇതി അസുര നല്ലവണ്ണം ഓർമ്മ വേണം ഇന്ദ്രിയങ്ങളിലും ഇന്ദ്രിയ വിഷയങ്ങളിലും രമിക്കുന്നവർ അസുരന്മാർ അതുകൊണ്ടാണ് അസുരന്മാർക്ക് തല പത്ത് രാവണൻ അസുര രാജാവാണ് അതുകൊണ്ട് അവരുടെ ഇന്ദ്രിയങ്ങൾക്കൊക്കെ ഇന്ദ്രിയങ്ങളെയൊക്കെ പുറത്തേക്കാക്കി കാണിക്കും എന്താ പറയുക ഈ പല്ലും പിന്നെ നാവും മൂക്കും ഒക്കെ വലുതാക്കിയിട്ട് ചിത്രീകരിച്ചിരിക്കുന്നു ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയ വിഷയങ്ങളും സത്യമാണ് എന്ന് കരുതുന്നവർ അസുരന്മാർ അപ്പം ആസുരാഹ ആസുര പ്രകൃതികളായിട്ടുള്ള ജനങ്ങൾ പ്രവർത്തിച്ച നിവർത്തിച്ച ന വിദുഹു അവർക്ക് പ്രവൃത്തിയെയും ആ പ്രവൃത്തിയിൽ നിന്ന് നിവർത്തിക്കേണ്ടത് നിവൃത്തിയെയും അറിയാത്തവരാണ് അവർക്ക് പ്രവൃത്തി അറിയില്ല നിവൃത്തി അറിയില്ല ഇതാണ് ദുര്യോധനനും ധർമ്മപുത്രനും തമ്മിലുള്ള വ്യത്യാസം ജാനാമി ധർമ്മം നജമേ പ്രവൃത്തി ജാനാമി അധർമ്മം നജമേ നിവൃത്തി അഹം ധർമ്മം ജാനാമി എനിക്ക് ധർമ്മം അറിയാം പ്രവർത്തിക്കാനും അറിയാം അഹം അധർമ്മം ജാനാമി എനിക്ക് അതിൽ നിന്ന് നിവർത്തിക്കാൻ പറയാം പക്ഷെ ദുര്യോധനൻ പറയുന്നത് എന്താണെന്നറിയോ എനിക്ക് ധർമാധർമ്മങ്ങൾ അറിയാം എന്താ പക്ഷേ ധർമ്മ പ്രവർത്തിക്കാനോ അധർമ്മത്തിൽ നിവർത്തിക്കാനോ എനിക്ക് ബുദ്ധിമുട്ടാണ് മറ്റേ ആൾക്ക് അതറിയാം ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഇതാ ഭഗവാൻ ഇവിടെ പറയുന്നു ആസുരാഹ ജനാഹ പ്രവൃത്തിച്ച് നിവൃത്തിച്ച ന വിദുഹു ആസുരിക ജനങ്ങൾക്ക് പ്രവൃത്തിയെയും നിവൃത്തിയെയും അറിയുന്നില്ല ശു അവരില് ശൗചം ച അവർക്ക് ശൗചമില്ല ശൗചില്ല എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല എന്ന് തന്നെയാണ് ശൗചം എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ ശൗചം തന്നെയാണ് ശുചിത്വം ഇല്ല വെള്ളമൊന്നും അവരുപയോഗിക്കില്ല എന്ന് പറയുക സത്യം സത്യമൊന്നുമില്ല അതുകൊണ്ട് സത്യമൊന്നും അവരുടെ അടുത്ത് പ്രതീക്ഷിക്കേണ്ട ആചാര അഭി ഇന്ന വിദ്യതേ അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു ആചാരവും ഇല്ല അവർക്ക് പറയുന്നതും പറയുന്നതിന്റെ സൂക്ഷ്മ വശങ്ങളൊന്നും അറിയില്ല പറയുന്ന സമയത്ത് അതിനൊരു മറുചോദ്യം വന്നു കഴിഞ്ഞാലേ തന്നെ അറിയാം എന്താണ് പറയുന്നത് കുട്ടി അമ്മയോട് ചോദിച്ചു അമ്മയുടെ തല നരച്ചിരിക്കണമല്ലോ അമ്മേ ഇത്ര വേഗത്തില് അമ്മയുടെ എന്റെ ക്ലാസ്സിലെ കുട്ടികളുടെ അമ്മയൊക്കെ ഉണ്ടല്ലോ അവരുടെ തലയൊന്നും അമ്മയുടെ തല പോലെ നരച്ചിട്ടില്ലല്ലോ അമ്മയുടെ പ്രായവും അവരുടെ പ്രായവും ഒക്കെ ഏകദേശം ഒരുപോലെയല്ലേ പിന്നെ അമ്മ ഇത്ര വേഗം നരച്ചു പോയത് തല എന്ന് അപ്പം കുട്ടിയുടെ അമ്മ പറയാണ് അതെ മോളെ ഈ അതായത് തല നരക്കുന്നത് മനോവിഷമം ഉണ്ടാവുമ്പോഴാ നീ എന്നെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട് നീ മാർക്ക് വളരെ കുറച്ചൊക്കെയാ മേടിക്കുന്നത് നിന്റെ ഈ പഠിപ്പും ഇതും ഒക്കെ ഓർത്ത് ഓർത്ത് ഓർത്ത് എന്റെ തല എങ്ങനെ നരച്ചതാണ് ആ ഇപ്പൊ എനിക്ക് മനസ്സിലായി അമ്മ എന്തോരം മുത്തശ്ശിയെ അമ്മമ്മയെ വേദനിപ്പിച്ചിട്ടുണ്ട് കാരണം അമ്മമ്മയുടെ തലയിൽ ഒരു മൊടി പോലും അമ്മ ഒരു സന്തോഷം പോലും അമ്മമ്മയ്ക്ക് കൊടുത്തിട്ടില്ല എന്ന് പറയാം അമ്മ ഉം അപ്പൊ അവർക്ക് പ്രവൃത്തി അറിയില്ല നേർത്തി അറിയില്ല പറയാനൊന്നും അറിയില്ല ഇത് നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെ ഏറ്റവും വിശേഷപ്പെട്ട ഒന്നാണ് പ്രവൃത്തിയും നിവൃത്തിയും അതുകൊണ്ട് നമ്മുടെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ നാല് ആശ്രമങ്ങളായി തിരിച്ചിട്ടുണ്ട് ചതുർവിധ ആശ്രമം വർണ്ണാശ്രമം എന്ന് പറയുക ഈ വർണ്ണാശ്രമധർമ്മങ്ങളുണ്ട് ഒന്നാമത്തെ ആശ്രമത്തിന് ബ്രഹ്മചര്യമെന്നും രണ്ടാമത്തതിന് ഗാർഹസ്ഥ്യമെന്നും മൂന്നാമത്തേതിന് വാനപ്രസ്ഥമെന്നും നാലാമത്തേതിന് സന്യാസമെന്നും ഈ ആദ്യത്തെ രണ്ടാശ്രമങ്ങളാണ് പ്രവൃത്തി മാർഗം എന്ന് പറയാം പിന്നെയോ നിവൃത്തി മാർഗത്തെയാണ് രണ്ടാശ്രമങ്ങൾ അങ്ങനെ വേദവും ഒരുവനുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുക പറഞ്ഞിട്ടുള്ളതാണ് സ്വാമി എന്നാലിവിടെ പ്രവൃത്തിയെയും നിവൃത്തിയെയും ഓർക്കുക എന്ന് പറയാം അപ്പൊ നമ്മൾ ഓരോ ഘട്ടം ഘട്ടമായി വളർന്ന് ഇപ്പം ബ്രഹ്മചര്യത്തെ പരിസമാപിപ്പിച്ച് ഗൃഹത്തിലേക്ക് പ്രവേശിച്ച് ഗൃഹസ്ഥാശ്രമധർമ്മങ്ങളൊക്കെ ചെയ്ത് സന്താനോ ഉൽപ്പാദനങ്ങളൊക്കെ ചെയ്ത് സന്താനങ്ങളൊക്കെയായി ആയവായില്ലേ അത് വേറെ എന്നിട്ട് അതിന് ചെയ്യേണ്ടുന്ന ധർമ്മങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ താൻ ഇതിൽ നിന്ന് വിരമിക്കണമെന്ന് പറയാം പക്ഷേ നമുക്കത് പറ്റുന്നില്ല നമ്മൾ വീണ്ടും കുട്ടികളുടെ കുട്ടികളുടെ കുട്ടികളുടെ കൊച്ചുമോനുമായിട്ട് ഇങ്ങനെ കളിയാം എവിടെയെങ്കിലും ഒന്ന് മനസ്സ് ഏതിലേക്കെങ്കിലും ഒന്ന് വ്യാപരിക്കേണ്ട എന്ന് ഇന്നലെ പറഞ്ഞല്ലോ മാതല മഹത്തന്റെ കാര്യം ഇല്ലേ ഈ വള്ളിയിൽ നിന്ന് വള്ളിയിലൂടെ ഇതെല്ലാം വലിച്ചെടുത്തിട്ട് വിടണ്ട ഇതിൽ നിന്നും വിടുന്നില്ല പിന്നെ ഈ ഉണ്ണിക്കാലിലും ഉണ്ണി ഇതിലുമൊക്കെയാണ് ശ്രദ്ധ അതുകൊണ്ട് പ്രവൃത്തി മാർഗം അത് വളരെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഭാഗം ജ്ഞാനകാണ്ടം എന്ന് വേദത്തിൽ വിധിച്ചിരിക്കുന്നത് ഇതിനെയാണ് നിവൃത്തിയെ സൂചിപ്പിക്കുന്നതാണ് അവിടെയാണ് ആരണ്യകവും ഉപനിഷത്തും ആരണ്യകം എന്ന് പറഞ്ഞാൽ കാട് മഹാപ്രസ്ഥാനം ഉപനിഷത്ത് വേദത്തിൻ്റെ സമസ്ത താത്പര്യങ്ങൾ ജ്ഞാനം അപ്പൊ ഒരു മനുഷ്യന്റെ പൂർത്തീകരണം നടക്കുന്നത് ഉപനിഷത്തിലാണ് അപ്പൊ ഈ വഴികളിലൂടെ നമ്മൾ സഞ്ചരിക്കേണ്ടവരാണ് നമ്മളെ സംബന്ധിച്ച് ഈ വഴികളൊന്നും നമുക്കറിയില്ല എന്ന് പറയാം അതുകൊണ്ട് ആസുര ആസുരന്മാരാരാണ് നോക്കുക ഇവിടെ നമുക്ക് നോക്കാം ഞാൻ ഭക്തനാണോ അതോ അസുരനാണോ എങ്ങനെയാ തിരിച്ചറിയാം സ്വാമി പറയുമ്പോ നിങ്ങൾ വിഷമൊന്നും വിചാരിക്കരുതേ നിങ്ങളെ അനുഗ്രഹിക്കാൻ ശാസ്ത്രം അനുഗ്രഹിക്കാൻ വേണ്ടി പറയുന്നു നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ടുള്ള നമ്മുടെ മകൻ മകൻ ഞാൻ നൊന്ത് പ്രസവിച്ചവൻ ഞാൻ വലുതാക്കിയവൻ അവനൊരു കുട്ടിയെ കണ്ടു ആരൊക്കെ നമ്മളൊക്കെ തന്നെ പോയി കണ്ടു എന്റെ മോളാണെന്നും പറഞ്ഞിട്ട് കൊണ്ടുവന്നു എന്നിട്ട് അവളോട് കാണിക്കുന്നത് അല്ലെങ്കിൽ അവൾ ഇടപെടുന്നതിൽ അവൾ ചെയ്യുന്നതിലൊക്കെ നാം ഇടപെടുന്നുണ്ടോ ചോദ്യമാണ് നമ്മുടെ നാം ആ പ്രവൃത്തിയിൽ നിന്ന് നിവർത്തിക്കുന്നുവോ അതോ വീണ്ടും അവരുടെ പിറകെ നടന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുവോ ഗീത എന്ന് പറഞ്ഞ വലിയ സിദ്ധാന്തമൊന്നുമല്ല വലിയ സിദ്ധാന്തം അത് വേറെ ഓരോ തലങ്ങളിൽ വിരാജിക്കുന്നവർക്ക് വേണ്ടതാണല്ലോ പറയേണ്ടത് ഇപ്പൊ സ്വാമിയുടെ മുൻപിൽ വന്നിരിക്കുന്നത് ആരൊക്കെയാണെന്ന് സ്വാമിക്ക് നല്ല ബോധ്യമുണ്ട് നിങ്ങൾ അമ്മായിമ്മ പോലും കാണിക്കുന്നവരെന്നല്ലേ അങ്ങനെ ധരിചേക്കരുത് പക്ഷെ നാം അനാവശ്യമായി ഈ എവിടെ പ്രവർത്തിക്കണം എവിടെ നിന്ന് നിവർത്തിക്കണം ഇത് നമുക്കറിയൂന്ന് ആ ചോദ്യം ഇതറിയാത്തവനാണ് അത്ര അസുരൻ ഭഗവാൻ ഇവിടെ സംഗ്രഹിച്ച് പറഞ്ഞിരിക്കുക അവർക്ക് എന്തറിയില്ല പ്രവർത്തിച്ച് നിവർത്തിച്ചെന്ന വിധു കുട്ടികൾ പഠിക്കുന്ന സമയത്ത് വെറുതെ അവിടെ പോയിട്ട് ഓരോന്ന് ചോദിക്കുക പറയുക ഒന്ന് പോയിക്കോളൂ അമ്മേ ഞാൻ പഠിച്ചോളാം അല്ല അങ്ങനെ വേണ്ട ഞാനിവിടെ ഇരിക്കുക അതിനിപ്പം എന്താ ഏ നിങ്ങളവിടുന്ന് നിവർത്തിക്കണം എന്നേ എന്നാ പ്രവർത്തിക്കേണ്ട സമയം ഒരു കാപ്പി ചോദിച്ചു കാപ്പി ഇല്ല നീ അങ്ങനെ കാപ്പിയൊന്നും കുടിച്ചിട്ട് പഠിക്കേണ്ട മതി ഞാനൊക്കെ ചെറുപ്പത്തിലേ വെള്ളം കുടിച്ചിട്ടാണ് പഠിച്ചത് അപ്പൊ അവൻ വിചാരിക്കും നിങ്ങളെ ഞാൻ വെള്ളം കുടിപ്പിക്കും ഇല്ലേ പ്രവൃത്തിയും നിവർത്തിയും ഇത് നമ്മൾ വീട്ടിൽ ചെയ്യേണ്ടതാണ് തൊട്ടതിനും പിടിച്ചതിനും അനാവശ്യമായിട്ട് വെറുതെ ഇടപെട്ടുകൊണ്ടിരിക്കുക ഇടപെടുന്നതിന് മുമ്പ് ആലോചിക്കുക എന്റെ സാന്നിധ്യം ഞാൻ ഇടപെടേണ്ടതുണ്ടോ ഇവിടെ വന്നിട്ട് പ്രവൃത്തി നിവർത്തി ആലോചിക്കണം ഇവിടെയും നേരത്തെ എത്തുന്നവർ വളരെ വളരെ ജിഹ്വാമയെ മധുമത്തമാണ് വേണമെന്ന് പറയാം എവിടെ പ്രവർത്തിക്കണം എവിടെ നിവർത്തിക്കണം അസാനം നമ്മുടെയൊക്കെ പേരിങ്ങനെ ഉണ്ടാവും എന്താ ഇയാൾ പറഞ്ഞുവല്ലോ ആര് പറഞ്ഞു ആ അയാൾ പറഞ്ഞല്ലോ ഏ ഞാനതൊന്നും ഉദ്ദേശിച്ചിട്ടില്ല അല്ല നിങ്ങൾ ഉദ്ദേശിക്കില്ല പക്ഷെ കാര്യം അവസാനം നമ്മുടെ കോർട്ടിൽ വരുന്നു ഒന്നും വാക്കുകൾ പ്രവൃത്തിയെണ്ണം പ്രവൃത്തി എന്ന് പറഞ്ഞാൽ കൈ കൊണ്ടെന്തെങ്കിലും ചെയ്ത് മാത്രമല്ലേ നമ്മുടേതായിട്ടുള്ള വലിയ വലിയ സംഭാവനകളുണ്ട് അതുകൊണ്ട് പ്രവൃത്തിയെയും നിവൃത്തിയെയും അവരറിയുന്നില്ല തേശു അവരിൽ ശൗചം നജ ശൗചില്ല ശുചിത്വമില്ല എന്ന് പറയാം അവർക്കറിയില്ല അവരാരാണ് അതാണ് ശുചിത്വമില്ല സത്യം ന സത്യമില്ല ആചാര അഭി നവിദ്യതേ എന്തുകൊണ്ടും ആചാരവും അവരെ സംബന്ധിച്ച് ഇല്ലാത്തതാണ് അവർക്ക് ഉണ്ടാകുന്നില്ല ആചാരം എന്തൊക്കെയാണ് നമുക്ക് ഒരുപാട് ആചാരങ്ങളുണ്ട് എന്ന് പറയാം ഈ ആചാരങ്ങൾ എന്ന് പറഞ്ഞാൽ വെറുതെ ഓരോ അനുഷ്ഠാനങ്ങളല്ല നമ്മൾ അതൊക്കെ അറിഞ്ഞിരിക്കണം നല്ലതാ ഇതൊക്കെ അറിഞ്ഞിരിക്കുന്നത് ആചാരങ്ങൾ എന്തൊക്കെയാണ് ആചാരങ്ങൾ എങ്ങനെ അവരനോട് പെരുമാറണം നമ്മുടെ വാക്കുകൾ എങ്ങനെയായിരിക്കണം ഇത്യാദികാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ വാങ്മേ മനസ്സി പ്രതിഷ്ഠിത മനോമേ വാചിപ്രതിഷ്ഠിതം വാക്കില് മനസ്സും മനസ്സിൽ വാക്കും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കൊടുക്കുന്നതിനെക്കുറിച്ച് ഇത്യാധികാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നെ നമ്മുടെ പരിമിതികളെ നമ്മളറിയാം നമ്മൾ ആരാണെന്ന് നമുക്ക് നല്ല ബോധ്യമുണ്ടായിരിക്കണം എങ്ങനെ അവരനോട് പെരുമാറണം നമ്മുടെ വാക്കുകൾ എങ്ങനെയായിരിക്കണം ഇത്യാദി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ വാങ്്മേ മനസ്സി പ്രതിഷ്ഠിത മനോമേ വാചിപ്രതിഷ്ഠിതം വാക്കില് മനസ്സും മനസ്സിൽ വാക്കും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കൊടുക്കുന്നതിനെക്കുറിച്ച് ഇത്യാദി കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നെ നമ്മുടെ പരിമിതികളെ നമ്മളറിയാം നമ്മൾ ആരാണെന്നും നമുക്ക് നല്ല ബോധ്യമുണ്ടായിരിക്കും ഒരു സ്വാമി ഒരിക്കൽ അദ്ദേഹം കാട്ടിലൂടെ യാത്ര ചെയ്യായിരുന്നു അപ്പൊ കാട്ടില് ഒരു ഉൾക്കാട്ടിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞപ്പോ അവിടെ ഒരു സിംഹത്തെ കണ്ടു സിംഹം സ്വാമിയാരെയും കണ്ടു സിംഹത്തിന് സ്വാമി എന്നൊന്നുമില്ലല്ലോ പക്ഷേ ഇദ്ദേഹം വിചാരിച്ചു ഇനിയിപ്പോൾ എന്ത് ചെയ്യും കയ്യിൽ തോക്കോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും തന്നെ ഇല്ല എന്തെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യായിരുന്നു ഒന്നുമില്ല പിന്നെ എന്ത് ചെയ്യും ഓടാൻ പറ്റുമോ പറ്റില്ല ഓടിയാൽ അതും വഴിയോടും ഇതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഓർമ്മ വന്നു ഓടാൻ പറ്റോ പറ്റില്ല അപ്പോഴേക്കും സിംഹം അങ്ങനെ അടുക്കുന്നുണ്ട് അദ്ദേഹം പതുക്കെ പതുക്കെ പതുക്കെ എന്താ വേണ്ടത് എന്ന മട്ടില്ല പിന്നെ കേട്ടിട്ടുണ്ട് സിംഹത്തിന്റെ കണ്ണിലേക്ക് നോക്കണം പിന്നെ ചെയ്യാവുന്ന ഒറ്റപ്പണി അത് മാത്രമേ ഉള്ളൂ അപ്പൊ അദ്ദേഹം സിംഹത്തിന്റെ കണ്ണിലേക്ക് നോക്കി സിംഹം അദ്ദേഹത്തിന്റെ കണ്ണിലേക്ക് നോക്കി അങ്ങനെ ഇവരുടെ കണ്ണുകൾ പരസ്പരം ആ കണ്ടുമുട്ടി എന്ന് പറയാം അങ്ങനെ അദ്ദേഹം അങ്ങനെ നോക്കിയപ്പം അവസാനം സിംഹം കണ്ണ് കണ്ണടച്ചിട്ട് സിംഹ അങ്ങനെ കൈ മടക്കി സിംഹ അങ്ങോട്ട് എന്താ പറയാ കുനിഞ്ഞു അങ്ങോട്ട് അദ്ദേഹത്തിന് അത്ഭുതം തോന്നി ഓ എന്തൊരു സിംഹം സിംഹോ അദ്ദേഹം എന്ത് ചെയ്തു സിംഹത്തിനെ പോലെ തന്നെ കൈ കൂട്ടിയിട്ട് കുനിഞ്ഞു അപ്പൊ സിംഹം സംസാരിച്ചു എന്നാ സിംഹം ചോദിച്ചു നിങ്ങളെന്തിനാണ് കൈ മടക്കിയിട്ട് അല്ല നിങ്ങളെന്തിനാ കണ്ണടച്ച് പ്രാർത്ഥിച്ചത് ഞാൻ പ്രാർത്ഥിച്ചത് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ബ്രഹ്മാർപ്പണം ചൊല്ലിയതാ കാരണം ഞാൻ ആശ്രമത്തിലൊക്കെ പഠിച്ച സിംഹ ഞാനൊന്ന് ബ്രഹ്മാർപ്പണം ബ്രഹ്മാവി ബ്രഹ്മാഗ്നവും ബ്രഹ്മണാഹുതം ബ്രഹ്മൈവതേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിന നോക്കുമ്പോൾ പറയുന്നത് ഇതിലെ രസം സിംഹം ബാഹ്യമായി സിംഹം അങ്ങേയറ്റം മതപരനാണ് ഭക്ഷണത്തിന് മുൻപ് എന്തുണ്ട് ബ്രഹ്മാർപ്പണമുണ്ട് പക്ഷേ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ സിംഹം സിംഹം തന്നെയാണെന്ന് പറയാം സിംഹത്തിന് പിടിക്കാതിരിക്കാൻ പറ്റില്ല അയാൾ സിംഹം പിടിച്ചു ശാപ്പിട്ടു എന്നാണ് അപ്പൊ ഉറപ്പുള്ള നമ്മൾ ഇത് ഓർമ്മയിൽ വയ്ക്കേണ്ട നമ്മൾ നമ്മളാണ് നമുക്ക് ഈ ചടങ്ങുകളൊക്കെ ഉണ്ട് എന്ന് പറയും ആ നമ്മുടെ പരിമിതി അറിഞ്ഞ് എത്ര അതിവർത്തിക്കാൻ സാധിക്കുമോ അല്ലാതെ അതിനെ ശപിച്ചുകൊണ്ട് ജീവിക്കുകയല്ല എവിടെയൊക്കെ ഉയരാൻ സാധിക്കുന്നുവോ അവിടെയൊക്കെ ഉയർന്നുകൊള്ളുക കാലത്തെ പഴി പറയേണ്ട ചുറ്റുപാടിനെ പഴി പറയേണ്ട അതിജീവിക്കുക നമ്മൾ സിംഹമാണ് സിംഹമാണ് എന്നോർത്തുള്ള അതുകൊണ്ട് ഭഗവാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയ വിഷയങ്ങളിൽ പോകും അതുകൊണ്ട് നീ ഒരിക്കലും ഒരു എന്താ പറയുക ലോകത്തിന് പ്രശ്നക്കാരനാവരുത് പക്ഷേ നീ കരുതലോടുകൂടി മുന്നോട്ട് പോകണം എന്ന് പറയും ഈ ആസുരിക സമ്പത്തിനെ കുറിച്ച് ഭഗവാൻ പറയുമ്പോ നമ്മൾ ഓർത്ത് വയ്ക്കേണ്ടത് ഇതൊക്കെയാണ് നമ്മിലെ ആ ആസുരിക ഭാവം കണ്ടെത്തി കഴിഞ്ഞാൽ അല്ലാതെ ഇത് പറയുമ്പോ മറ്റേ ആൾ വന്നിട്ടുണ്ടോ അവരാണ് ഇത് കേൾക്കേണ്ടത് അത് വേണ്ട എന്ന് പറയാം അതുകൊണ്ട് നമ്മുടെ ഉള്ളിലിതുണ്ടെങ്കിൽ നമുക്ക് നോക്കാം അതിനെ അതിജീവിക്കാൻ എങ്ങനെ സാധിക്കൂ നോക്കാം തുടർന്ന് ഭഗവാൻ വിസ്തരിക്കാന്നല്ലേ പറഞ്ഞത് തുടങ്ങിയിട്ടേ ഉള്ളൂ നോക്കാം അസത്യമപ്രതിഷ്ഠം ജഗദാഹുരനീശ്വരം അപരസ്പര സംഭൂതം കാമഹൈതം അസത്യം അപ്രതിഷ്ഠം തേ ജഗത് ആഹു അനീശ്വരം അപരസ്പര സംഭൂതം കിമന്യത് കാമ ഹൈതുകം പറയുന്നു ഇവര് തേ അവർ ആരാണ് അവര് ആസുര പ്രകൃതികള് ആസുരപ്രകൃതി എന്ന് പറയുമ്പോ അസുപ്രാണേഷു ഇന്ദ്രിയേഷു രമന്തേ ഇതി അസുരാഹ മറന്നു പോകരുതേ ഈ ശബ്ദങ്ങളൊക്കെ വിചാര വിപ്ലവം വേണമെന്ന് സ്വാമി പറഞ്ഞിരുന്നല്ലേ ഈ ശബ്ദങ്ങളൊക്കെ ഈ കേൾക്കുന്ന ശബ്ദങ്ങൾ നമ്മുടെ പഴയ അസുരനിലേക്ക് പോരുത് അങ്ങനെ പോകുന്ന സമയത്ത് നമ്മളും ഈ അസുരനുമായിട്ട് ഒരു ബന്ധുണ്ടാവില്ല പണ്ട് ആരോ വരച്ചു വെച്ച അസുരനായിരിക്കും നമ്മളിൽ നിന്ന് അന്യൻ ദേശം കൊണ്ടും കാലം കൊണ്ടും എല്ലാം ഇവിടെ അസുരൻ എന്ന് പറഞ്ഞാൽ അസു പ്രാണേഷു ഇന്ദ്രിയേഷു രമണ്ട് ഇന്ദ്രിയങ്ങളോ ഇന്ദ്രിയ വിഷയങ്ങളോ ഇത് സത്യം ഇതാണ് എനിക്ക് വേണ്ടത് ഇതിനായുള്ള ഓട്ടം അങ്ങനെ ഓടുന്നതേ അവർ ജഗത് ഈ ലോകത്തെ സ്ഥൂല പ്രപഞ്ചത്തെ അസത്യം ഇത് കൃത്രിമമാണ് അസത്യം ഇവിടെ എന്താന്ന് ഇവിടെ ഒന്നുമില്ല എന്ന് പറയും പിന്നെയോ അപ്രതിഷ്ഠം ഇതിനെ അങ്ങനെ ഒരു അധിഷ്ഠാനൊന്നുമില്ല ഇതങ്ങനെ കറങ്ങിയ കറങ്ങുന്നൊന്നുമില്ല ഇതൊക്കെ വെറുതെ ശാസ്ത്രകാരന്മാർ കറങ്ങണ എന്ന് പറയണ അക്കെ വെറുതെ പറയുന്നതാ ഇങ്ങനെയൊക്കെ പറയും എത്രയോ പേരില് ഈ രണ്ടായിരം ലോക അവസാനിക്കണമെന്ന് പറഞ്ഞിട്ട് രണ്ടായിരത്തിൽ ഇതാ ലോക അവസാനിക്കാൻ പോകണെന്ന് പറഞ്ഞിട്ട് ഒരു ഒരു ഒരാളും പിന്നെ കുറച്ചാൾക്കാരും കൂടെ കൂടിയിട്ട് അവർക്കൊക്കെ വായൽ സൈനൈഡ് വെച്ചു കൊടുത്തു ഇന്ത്യയിലല്ല ഏതോ ഒരു സ്ഥലത്ത് അങ്ങനെ അതിലെ പ്രധാനിയൊക്കെ പിടിച്ചുകൊണ്ട് എന്നാൽ ഇങ്ങോട്ട് വെക്കണ്ട ആദ്യം അതില്ല അപ്പൊ ഇങ്ങനെ രണ്ടായിരത്തിൽ കഴിയും എന്ന് അല്ലെങ്കിൽ ഇങ്ങനെ എങ്ങനെയൊക്കെയുള്ള ഓരോ ധാരണകൾ വെച്ച് പുലർത്തിയിട്ട് അവരങ്ങനെയാണ് അപ്രതിഷ്ഠം ഇതിനൊരു അതിഷ അടിസ്ഥാനമൊന്നുമില്ല പിന്നെയോ അനീശ്വരം ഇവിടെ ഒരു ഈശ്വരൻ ഒന്നുമില്ല ഏത് ഈശ്വരൻ എന്ത് ഈശ്വരൻ അങ്ങനെ ഒരു ഈശ്വരൻ ഉണ്ടെങ്കിൽ വരട്ടെ എന്ന് കാണട്ടെ ഈശ്വരൻ അപരസ്പര സംഭൂതം അന്യോന്യ പാരസ്പര്യങ്ങളൊന്നുമില്ലാത്തത് അപരസ്പര സംഭൂതം എന്ന് പറഞ്ഞാൽ അന്യോന്യ സാഹായമില്ലാത്തത് പരസ്പര ബന്ധമില്ലാത്തത് കാമഹൈതുകം ആഗ്രഹം കാരണമായിട്ടുള്ളത് അവരുടെ ഹേതു കാമമാണ് ആഗ്രഹമാണ് പലതും നേടണം നേടണം എന്നത് കി മന്യത് ഇതിയാഹു വേറെ എന്ത് ഇതാണ് അവരെപ്പോഴും പറയുക എന്ത് ഗീതാജ്ഞാനയജ്ഞർഡേ എല്ലാറ്റിനും ഒരു നിഷേധം എന്ന് പറയാം എന്ത് നിങ്ങൾ പറഞ്ഞാലും അവർ നിഷേധിച്ചുകൊണ്ടിരിക്കും ഇത് അസുരന്റെ ലക്ഷണമായിട്ട് പറയും ഏത് നല്ല കാര്യം പറഞ്ഞാലും നോക്കൂ നമുക്കൊന്ന് നാളെ രാവിലെ ഒന്ന് അമ്പലത്തിലൊക്കെ പോവാം ഈ എന്തമ്പലം സ്വാമി പറഞ്ഞിട്ടില്ലേ അമ്പലത്തിലൊന്നും പോകണ്ട അങ്ങനെയും തട്ടിവിടും നാളെ എന്താ വിശേഷം നിങ്ങളുടെ പിറന്നാള എനിക്ക് പിറന്നാളൊന്നുമില്ല അല്ലെങ്കിൽ നാളെ വിഷുവാണ് ഓണമാണ് നാളെ അച്ഛൻ്റെ എൻ്റെ അച്ഛൻ്റെ പിറന്നാളാണ് നിന്റെ അച്ഛൻ എന്ത് തന്നു എനിക്ക് അയാളുടെ വാക്കുകൂടെ മിണ്ടരുത് ഇതൊക്കെ ആസുര ലക്ഷണമായിട്ട് എണീക്കോളൂ നീ അങ്ങോട്ട് പറഞ്ഞേക്കരുതേ എനിക്ക് മനസ്സിലായി നിങ്ങൾ അസുരനാണ് പിന്നെ കാര്യങ്ങൾ വേഗത്തിൽ എളുപ്പാവും ഇവരിങ്ങനെയാണ് ഇവരുടെ സംഭാഷണം ഇതാണ് ഇത്തരത്തിലുള്ള സംഭാഷണങ്ങൾ നമ്മുടെ ഇടയിലുണ്ടോ നമ്മുടെ വീട്ടിലുണ്ടോ എന്തേതോന്നുമില്ല തുടർന്നു ദൃഷ്ടി നഷ്ടാത്മാനോത്യ പ്രഭവന്യുഗ്രർമാണ ക്ഷോഹിത ൃഷ്ടിം അവഭ്യ നഷ്ടാത്മാന അൽപ്പബുദ്ധയ പ്രഭവന്തി ഉഗ്രകർമാണ ക്ഷയായ ജഗത അഹിതാഹ അല്ല സ്വാമി അവരങ്ങനെ അവിടെ എവിടെയെങ്കിലുമൊക്കെ ഇരുന്നോട്ടെ എന്ന് നമുക്കിപ്പോ എന്താ എന്നാണെങ്കിൽ ഇതാ കുഴപ്പമുണ്ട് എന്ന് പറയാം എന്താ കുഴപ്പം പറയുന്നു ഏതാം ദൃഷ്ടിം അവഷ്ടഭ്യ ഏതാം ദൃഷ്ടിം ഈ ദൃഷ്ടിയെ ഏത് നേരത്തെ പറഞ്ഞ ഈ പ്രപഞ്ചത്തിനൊരാശ്രയവും ഇല്ല ഇത് ഒരു പാരസ്പര്യം ഇല്ലാത്തതാണ് ആർക്ക് വേണമെങ്കിൽ എന്തിനു വേണമെങ്കിൽ കൊന്നു തിന്നാം സ്വാമി അങ്ങനെയൊക്കെ പലതും പറയും കൊന്നാൽ പാപം തിന്നാൽ പോകും ഇത് പറഞ്ഞത് ഋഷിയല്ലേന്ന് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ആരും ഏതോ ഒരു മലയാള ആരോ പാട്ട് എഴുതി കൊന്നാൽ പാപം തിന്നാൽ പോകും കൊന്നാ പാപം ഇതൊക്കെ നമുക്ക് ഒരു വലിയ പ്രമാണമാക്കി വെച്ചിരിക്കുക അതുകൊണ്ട് ഏതാം ദൃഷ്ടി അങ്ങ അവർക്ക് അങ്ങനത്തെ അത്തരത്തിലുള്ള സൂത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവരുടെ മഹാവാക്യങ്ങളാണ് തത്വമസി അഹംബ്രഹ്മാസ്മി പോലെയുള്ള ഒരു മഹാവാക്യമാണ് കൊന്നാൽ പാപം തിന്നാൽ തീരും നമ്മൾ ഏതാം ദൃഷ്ടിയും അവഷ്ടഭ്യ ഈ അഭിപ്രായത്തെ ആശ്രയിച്ചിട്ട് അവരുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാ യാവ് ജീവേത് സുഖം ജീവേത് എത്ര കാലം ജീവണ്ടോ അത്ര കാലം സുഖമായിട്ട് ജീവിക്കണം അതിനെന്ത് വേണം ഋണം കൃത്യ ഘൃതം വിഭേ ഇതൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലെ അസുരന്മാരുടെ മഹാവാക്യങ്ങളാണ് കടം മേടിക്കുക കടമേടിക്കുക എന്നല്ല ക്രെഡിറ്റ് കാർഡ് കൃത്യ ഘൃതം വിഭേത്ത് ക്രെഡിറ്റ് കാർഡ് എടുക്കുക നെയ് കുടിക്കുക ഭസ്മീഭൂതസ് ദേഹസ്യ പുനരാഗമനം കുതാഹ ദേഹം ഭസ്മായി കഴിഞ്ഞാൽ പിന്നെ ആരും ചോദിക്കാനില്ല അതുകൊണ്ട് കേസ് അപ്പം ഫയല് ക്ലോസ് ചെയ്യും എന്ന് പറയാം കോടതിയിൽ ഇതൊക്കെയാണ് ഈ വാദത്തെ ഈ ദൃഷ്ടിയെ ആശ്രയിച്ചിട്ട് അവഷ്ടഭ്യ ആശ്രയിച്ച് നഷ്ടാത്മാനഹ പറയുന്നത് ഭഗവാൻ ഇവിടെ ആത്മന നഷ്ട ആത്മഹന ജനാഹാന്ന് ഉപനിഷത്തിൽ പറയും ആത്മഹന്താക്കൾ ഹനിച്ചവർ ആത്മനാശം വന്നവർ കാരണം അവർക്ക് സ്വരൂപത്തെ നഷ്ടപ്പെട്ടു എന്ന് പറയും അവനവനെ നഷ്ടപ്പെട്ടു അവനവനെ നഷ്ടപ്പെട്ട അവരെങ്ങനെയുള്ളവരാ അല്പബുദ്ധയ പേരിന് ബുദ്ധിയുണ്ട് അല്പം അവശേഷിച്ചിട്ടുണ്ട് കാരണം ഭഗവാൻ കൊടുത്തതാണല്ലോ അത് തീരെ അങ്ങോട്ടില്ല എന്ന് പറഞ്ഞുകൂട അവിടെ ഉണ്ട് തൊടച്ചാൽ ശരിയാവും മനസ്സാകുന്ന ആ കണ്ണാടി തുടച്ചാൽ സാധനം കൊണ്ട് ഒന്ന് തുടച്ചു ഈ വിശ്വം അതിൽ പ്രതിഫലിക്കും എന്ന് ആ വിശ്വത്തെ പ്രതിഫലിക്കാൻ തടസ്സമായി നിൽക്കുന്നത് താൻ തന്നെയാണ് എന്ന് പറയും ഭഗവാൻ മുൻ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട് അജ്ഞാനം ഏതൊക്കെ തലങ്ങളിൽ നിലകൊള്ളുന്നു അത് ഇന്ദ്രിയങ്ങളിലുണ്ട് മനസ്സിലുണ്ട് ബുദ്ധിയിലുണ്ട് തസ്യ അധിഷ്ഠാനം ഉച്ചയതേ ഏത് പ്രകാരത്തിൽ കനലിനെ ചാരം മറച്ചിരിക്കുന്നു ഏത് പ്രകാരത്തിൽ അഴുക്ക് മറച്ചിരിക്കുന്നു ഏത് ഗർഭസ്ഥ ശിശുവിനെ ചർമ്മം മറച്ചിരിക്കുന്നു ഇതുപോലെ അപ്പൊ ഇവനൊന്ന് തുടക്കേണ്ടതുണ്ട് പക്ഷേ ഇവൻ തുടക്കില്ല എന്ന് പറയാം അല്പബുദ്ധയ അതുകൊണ്ട് തന്നെ ക്രൂരകർമാണ കർമ്മങ്ങളെല്ലാം ക്രൂരമാണ് ചെറുപ്പത്തിലേ തുടങ്ങും അങ്ങനെയുള്ളത് ചെയ്തികൾ ചെയ്യാൻ ഭാഗവതത്തിൽ കണ്ടിട്ടില്ലേ കൂട്ടുകാരെ കളിക്കാം എന്നും പറഞ്ഞിട്ട് വിളിക്കുക എന്നിട്ട് കിണറിന്റെ വക്കത്ത് എന്ന് പറയുക അതിൻ്റെ ഉള്ളിൽ എന്തോ ഉണ്ട് നോക്കാൻ എന്നിട്ടൊരൊറ്റ തള്ള്ള് അതിൻ്റെ ഉള്ളിലേക്ക് ചില കുട്ടികൾ ചെറിയ കുട്ടികൾ അങ്ങനെ നിങ്ങൾ വിഷമിക്കേണ്ട ചെറിയ കുട്ടികൾക്ക് ചില ചില കുസൃതികളൊക്കെ കാണിക്കാൻ ചെറുപ്പത്തിൽ തോന്നാം അത് അസുരക്കുട്ടിയാണെന്നൊന്നും പറയണ്ട ഇനി പറ സന്ദർഭവശാൽ വിട്ടുപോയേ നിങ്ങൾക്ക് നിങ്ങളുടെ ജാതകത്തിലൊക്കെ ചിലപ്പോൾ ഉണ്ടാവും ആ അസുരജാതകം എന്നൊക്കെ പറയും അസുരഗണം ദേവഗണം എന്നൊക്കെ അതൊന്നും നിങ്ങൾ ഇതിൽ നോക്കണ്ട അപ്പോ അസുര ജാതകത്തിലേ എഴുതിയിട്ടുണ്ട് അസുരഗണത്തിൽ പെട്ടതാണ് അതുകൊണ്ട് ഒരു കാലത്തും രക്ഷയില്ല അതൊക്കെ വിട്ടേക്കും കുട്ടിക്കാലത്ത് തന്നെ ചിലപ്പം തുടങ്ങും ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ചിലതൊക്കെ കുട്ടികളുടേതായിട്ടുള്ള ഇതാണ് പക്ഷെ എന്നാലും ഒരു ബടാസുരനുള്ള സാധ്യതയുണ്ട് എന്ന് പറയാം അതൊന്ന് നോക്കുന്നത് നല്ലതാ അപ്പം ക്രൂരകർമാണ ക്രൂരകർമ്മങ്ങളാണ് ക്രൂരകർമാണ എല്ലാം കർമ്മങ്ങൾ കർമ്മങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് ക്രൂരമായിരിക്കും ഒന്നിനും എന്തൊക്കെ ക്രൂരകർമ്മങ്ങള ഈ ലോകത്ത് നടക്കുന്നതിൽ പാത്രക്കാർ പലതും എഴുതാൻ പഠിക്കുക പലതും കാണില്ല നമ്മൾ പത്രത്തിൽ നമ്മൾ ഈ ക്യാമറയൊക്കെയായിട്ട് പോയി നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇപ്പോഴൊക്കെ ടി വി വന്നതുകൊണ്ട് വളരെ സൗ ഇങ്ങനെ ഓരോരുത്തർ കാണുന്നു ഓരോരുത്തർ കാണിക്കുന്നുണ്ട് ഓരോരുത്തരുടെ ക്രൂരകർമ്മങ്ങൾ ചെയിലുകളിലും അതുപോലെ ഞല്ലാതെയും ഈ പാവം ജന്തുക്കളെയൊക്കെ ജന്തുക്കളോട് കാണിക്കുന്നതൊക്കെയോ അല്ലേ ഒരാൾ കരി ഈ കഴിച്ചാൽ നല്ല ശക്തി ഉണ്ടാവുമെന്ന് പറഞ്ഞു അത്ര കരിമ്പൂച്ചയെ കഴിച്ച എന്നിട്ട് കരിമ്പൂച്ച എങ്ങനെയാണ് കഴിക്കണമെന്നാണ് അതൊക്കെ കരിമ്പൂച്ച എങ്ങനെ കെട്ടിയിടുകയാണത്ര എങ്ങനെ മരത്തിന് അപ്പൊ മര കണ്ടാ കരിമ്പൂച്ച ഇങ്ങനെ മരത്തിനെ കെട്ടിപ്പിടിച്ചതുപോലെ ഉണ്ടാവും അതിൻ്റെ രണ്ട് കൈ ഇങ്ങനെ മരത്തിൻ്റെ ഇപ്പുറത്തിട്ട് കെട്ടും രണ്ട് കാലും ഇപ്പുറത്തിട്ടും ഇങ്ങനെ കെട്ടും അപ്പൊ മരത്തിനെ കെട്ടിപ്പിടിച്ച കരിമ്പൂച്ച പോലെ എന്നിട്ട് അതിൻ്റെ ബ്ലേഡ് വെച്ച ഒറ്റ കീറലാണ് ഈ തലമുണ്ടക്കൂടെ അപ്പൊ അതങ്ങനെ അങ്ങനെ തന്നെ ഇങ്ങോട്ടേക്ക് പുറത്ത് കേട്ടും എന്നിട്ട് അതിനെ ശരിയാക്കുക ഇങ്ങനെ ഓരോന്നിനെ ഓരോ വിധത്തിലിങ്ങനെ ശരിയാണ് ഇതിനൊന്നും ഇവൻ ഒരു മടിയില്ല ഒരെന്തെങ്കിലും ഒരു ജാതിയെ കണ്ടുകഴിഞ്ഞാൽ ഉടനെ എടുത്തു മട്ടൽ എടുക്കുകയായി അല്ലെങ്കിൽ എന്തെങ്കിലും എടുക്ക ഒറ്റയടിക്ക് തല വേറെ ഉടൽ വേറെ ജീവനോടെ ചുട്ടുകൊല്ലു ക്രൂര കർമാണ പാമ്പൊക്കെ ഇങ്ങനെ സ്പ്രിംഗ് പോലെ ഈ ഇതൊന്നിങ്ങനെ പൊങ്ങുന്നത് അതൊക്കെ അതൊന്നും അവർക്കൊരു വിഷയമല്ല ക്രൂരകർമ്മണ കർമ്മത്തിൻ്റെ ക്രൂരത ഏതായാലും സ്വാമി ഇവിടെ പറയുന്നില്ല അപ്പൊ കേട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സാക വിഷം അതുകൊണ്ട് അധികം പറയണം എനിക്കാണ് പല പല പല കർമ്മങ്ങളും ഉണ്ട് ചില മൃഗങ്ങളൊക്കെ മൃഗശാലയിലൊക്കെ കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ആനയെ പീഡിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ട് ആനയ്ക്കൊരു ചങ്ങലയുണ്ട് ഇപ്പം എങ്ങനത്തെ ചങ്ങല എന്നറിയോ ആ ചങ്ങല ഇട്ട് കഴിഞ്ഞാൽ ആ ചങ്ങലയിൽ നിന്ന് ഉള്ളിലേക്ക് മുള്ളു യും ഇതായിട്ടുള്ള മുള്ള സാധാ മുള്ളൊന്നുമല്ല നല്ല ഇരുമിൻ്റെ ഉരുക്ക് പോലത്തെ സാധനം അതൊന്നങ്ങട്ട് നീങ്ങിക്കഴിഞ്ഞാൽ അതവിടെ നിൽക്കും അങ്ങനെ പഴുത്തിട്ടെല്ലാം കൂടെ ആ എത്ര ആനകളുടെ പടം ഇങ്ങനെ പത്രത്തിൽ വന്നിട്ടുണ്ട് പഴുത്ത് പിന്നെ ഒരു വിധത്തിൽ അതിനെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ അതിനെ ചെയ്യുന്ന ദ്രോഹങ്ങൾ എന്തൊക്കെയാ കാതിൻ്റെ ഇവിടെ വെച്ചിട്ടാ കുന്ത കൊണ്ട് ഇങ്ങനെ അതിനെങ്ങനെ നിലക്കി നിർത്തുന്നത് അതിലൊക്കെ നമുക്ക് പങ്കുണ്ട് കേട്ടോ കാരണം ഇതിനെങ്ങനെ ജ്ഞാനം പുറത്ത് എഴുന്നള്ളിക്കുമ്പോ നമുക്കിത് കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പല ക്രൂരകർമ്മങ്ങളുണ്ട് കുട്ടികളോട് ചെയ്യുന്ന ക്രൂരകർമ്മം അത് വേറെ അല്ലെ വിക്ഷാടനത്തിന് വേണ്ടിയിട്ട് അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ഇനി നമ്മൾ നമ്മുടെ സ്വന്തം കുട്ടികളോട് ചെയ്യുന്നത് മുതൽ അതുകൊണ്ട് അങ്ങനെ നീണ്ടുപോകുന്നു എന്ന് പറയാം അഹിതാഹ ഹിതമില്ല അഹിതാഹ എന്ന് പറഞ്ഞാൽ ശത്രുക്കളായിട്ട് ഒരാൾക്കും ഹിതം വരാതെ വരാത്ത കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അഹിതഹ ജഗതഹാക്ഷയായ ലോകത്തിൻ്റെ നാശത്തിനായിട്ട് പ്രഭവന്തി ഇവർ സമർത്ഥന്മാരായി തീരുന്നു ഇവരുടെ അജണ്ട ലോകത്തിൻ്റെ നാശമാണ് അതിൽ തൻ്റെ നാശം കാണുന്നില്ല തൻ്റെ നാശവും കാണും വേണമെങ്കിൽ അവർ സ്വയം ബോംബാവുമെന്ന് പറയാൻ അങ്ങനെയാണ് അവരുടെ ട്രെയിനിങ് അവർക്ക് ബോംബാവാൻ വിഷമില്ല അവരെന്തും ചെയ്യും ഇതൊക്കെ ആസുര പ്രകൃതികളാണ് ഇങ്ങനെയുള്ള ഈ ആസുര പ്രകൃതികളോട് നമ്മുടെ സമീപനം എന്താണെന്നൊക്കെ നമ്മൾ എന്താ വേണ്ടത് എന്നൊക്കെ ഉണ്ട് ആസുര പ്രകൃതികളുടെ ഇടയിൽ പെട്ട എങ്ങനെ വേണം ഇത്തരത്തിലുള്ള ആസുര പ്രകൃതി നമ്മുടെ ഉള്ളിലുണ്ടോ പ്രകൃതം പലപ്പോഴും നമ്മൾ ഇങ്ങനെയുള്ള വിവരങ്ങളൊക്കെ ഈ വല്ലവരും ഇപ്പൊ ഈ ഒരു വാർത്ത നമ്മൾ പത്രത്തിൽ വായിക്കുന്നു പത്രത്തിൽ വായിക്കുന്ന സമയത്ത് ഒരു കുടുംബത്തെ കൂട്ടത്തോടുകൂടിയിട്ട് ഇപ്പതാ ഈ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ ഇന്ന് ഇപ്പോൾ വാരാണ് സി അവിടെയൊക്കെ നടക്കുന്നത് പലരും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുള്ളതാ പണ്ട് കേട്ടിട്ടുള്ളതും നമ്മളും ചിന്തിച്ചിട്ടുള്ളതാ ഇവനെയൊക്കെ കിട്ടിയ വേണ്ടത് എന്താണെന്നറിയോ തൂക്കിക്കൊല്ലണം എന്നാദ്യം പറയും അപ്പോൾ ഒരാൾ പറയും തൂക്കിക്കൊല്ലരുത് എന്ന് പറയും പിന്നെയോ ഇഞ്ചിഞ്ചാക്കി കൊല്ലണം അതെങ്ങനെയാണ് അത് അങ്ങനെ ബ്ലെയ്ഡ് കൊണ്ട് ഇങ്ങനെ വരയിടണം എന്നിട്ട് മുളക് പൊടി തേക്കണം ഇവർക്ക് നല്ല പരിചയം ഈ മത്സ്യം ഇങ്ങനെ വറുത്തിട്ട് മുളക് പൊടി തേച്ചിട്ട് അതുപോലെ തന്നെ പറയുക അതുപോലെ എന്നിട്ട് അവനങ്ങനെ കിടന്ന് പെടയണം അതാണ് കോടതി അവന് നടപ്പാക്കേണ്ട ശിക്ഷ പറയുന്നത് ആരാണെന്നറിയോ നമ്മൾ നമ്മളും അവനും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല ഓർത്തുമില്ല ഇത്തരത്തിൽ ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്ന ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കൃത്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒരു ഗീതാ വിദ്യാർത്ഥി എന്ന നിലയിൽ നമ്മുടെയൊക്കെ മനസ്സിൽ വരേണ്ടുന്ന ചിന്ത അവൻ്റെ എന്തോ അജ്ഞാനമാണ് അവനെ കൊണ്ട് ഇങ്ങനെ ചെയ്യിക്കുന്നത് അവനെ ജ്ഞാനപ്രധാനമായിട്ട് എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു പദ്ധതി അതാണ് നമ്മൾ ആലോചിക്കേണ്ടത് അല്ലാതെ മുളകോടിയും ബ്ലൈഡുമല്ല മുളകോടിയും ബ്ലൈഡും പ്രശ്നത്തിന് പരിഹാരമല്ല